ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ഏറ്റവും ബഹുമാന്യരായ അച്ഛന്മാർക്കും കർത്താവിന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാർക്കും ദൂരത്തു നിന്നും ചാരത്തു നിന്നുമായി എല്ലാ സഹോദരി സഹോദരന്മാർക്കും കുഞ്ഞുങ്ങൾക്കും നല്ലവനായ കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എന്റെ വിനീതമായ സ്നേഹവന്ദനം ഇത്രത്തോളം യഹോവ സഹായിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലം കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചെറുകിനും കീഴിൽ കാക്കുന്നതുപോലെ നല്ലവനായ ദൈവം നമ്മെ കാത്ത് പരിപാലിച്ച് ഈ പ്രാവശ്യവും ഇപ്രകാരം മഹാസമ്മേളനത്തിൽ കൂടി വരുവാൻ പൊന്നുതമ്പരാൻ കൃപ ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഈ കാലങ്ങളിൽ ദൈവം നമുക്ക് അനുഭവങ്ങൾ തരുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷത്തേക്കാൾ കഴിഞ്ഞ ഒരു ദിവസത്തേക്കാൾ നാം നമ്മുടെ മരണത്തോടോ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനോടോ അടുത്തിരിക്കുകയാണ് ആരുടെയും നാളും നാഴികയും ആരും അറിയുന്നില്ല കഴിഞ്ഞ വർഷം ഈ വലിയ കൺവെൻഷനിൽ എന്റെ പിതാവ് സന്നിഹിതനായിരുന്നു പ്രിയപ്പെട്ട ഡോക്ടർ പോലീസ് പറഞ്ഞ പോലെ ചാന്ദ്യത്തിലെ വല്യച്ച എന്നാൽ ഈ വർഷത്തെ കൺവെൻഷന് എന്റെ പിതാവ് ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നില്ല എന്നാല് എന്റെ ഇച്ചാൻ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്രകാരം സന്തോഷഭവനത്തിൽ എത്തുവാൻ ഇടയായത് ഈ കൂട്ടായ്മയുമായി വന്ന് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടതിനാലാണ് അതെന്താ സാറ് ചാന്ദ്യത്തിലെ വല്യച്ഛൻ മാനസാന്തരപ്പെട്ടത് ഈ കൂട്ടായ്മയിൽ വന്നേ പിന്നെയാണെന്ന് പറയാൻ കാരണം അത് സത്യമാണ് അത് എന്റെ പിതാവിന്റെ കാര്യം മാത്രമല്ല എന്റെ മാതാവിന്റെ കാര്യം മാത്രമല്ല ഇപ്പോൾ വചനശ്രൂഷയ്ക്കായിട്ട് നിൽക്കുന്ന എന്റെ കാര്യം മാത്രമല്ല എന്റെ കുടുംബത്തിലുള്ള എല്ലാവരുടെയും മാനസാന്തരത്തിന് മുഖാന്തരമായ ദൈവം പ്രവർത്തിക്കുന്ന ഒരു രംഗത്തും ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു ദൈവദാസന് നേതൃത്വം കൊടുക്കുന്ന ഒരു രംഗത്തും വരുവാൻ തക്കവണ്ണം ദൈവം കൃപ തന്നതുകൊണ്ടാണ് എന്ന് അവന്റെ പൊന്നനാമത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട ഞാൻ പറയുകയാണ് ഞാനിത് പറയാൻ കാരണം ൾ വന്നിരിക്കുന്ന രംഗം വളരെ ശ്രേഷ്ഠമാണ് തികച്ചും ദൈവീകമാണ് മനുഷ്യന്റെ സ്ഥിതി മാറ്റുന്ന ദൈവത്തിന്റെ ശക്തി ഈ ദിവസങ്ങളില് ഏത് കൊടുംബാവിയെയും രൂപാന്തരപ്പെടുത്തുവാൻ മതിയായ വിധത്തിൽ പ്രവർത്തിക്കുന്ന രംഗമാണ് നിങ്ങൾ എന്തെല്ലാം ഗുരുതരമായ പാപത്തിൽ വീണുപോയവരാണെങ്കിലും ഒരിക്കലും കരകയറുവാൻ സാധ്യമല്ലാത്തതായ കുഴിയിൽ വീണവനാണെങ്കിലും ഇപ്പോൾ നാം കേട്ടതുപോലെ എന്തെല്ലാം ബന്ധനക്കെട്ടുകൾ കൊണ്ട് വരിഞ്ഞ് മുറുക്കി കെട്ടി പിശാജ് ബന്ധിച്ചിട്ടിരിക്കുന്നവരാണെങ്കിലും നമ്മളുടെ കൺവെൻഷൻ കഴിഞ്ഞ് പോകുമ്പോൾ സ്വാതന്ത്ര്യത്തിന്റെ പാട്ടുപാടിക്കൊണ്ടു പോകുവാൻ തക്കോണം ദൈവം നമ്മെ സഹായിക്കും എന്നുള്ളതിന്റെ യാതൊരു സംശയമില്ല കർത്താവ് യേശു ക്രിസ്തു കുടുംബസമാധാനം തരുന്നവൻ എത്ര മനോഹരമായ ഒരു ചിന്ത ആണ് നമുക്ക് ഈ വർഷം ചിന്താവിഷയമായി നൽകിയിരിക്കുന്നത് നിങ്ങളിന്ന് പതിനായിരക്കണക്കിന് ആളുകൾ വന്നിരിക്കുന്നത് ചെറുതോ വലുതോ ആയിരിക്കുന്ന വീടുകളിൽ നിന്നാണ് കുടുംബസമാധാനം അത് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒന്നാണ് കുടുംബസമാധാനം എന്റെ ഇന്നത്തെ പ്രസംഗോഷ്യവും അത് തന്നെയാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാമത്തെ വാക്യം ഒന്നാമത്തെ വാക്യം നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തനവും നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനവും യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു യഹോവ പണിയുന്ന വീട് നമുക്ക് ആ വീടിനെക്കുറിച്ച് ചിന്തിക്കാം യഹോവാ പണിയെന്ന വീട് പഴയ നിയമത്തിൽ യോശുവായുടെ പുസ്തകം ഇരുപത്തിനാലാമധ്യായും പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയും അധ്യായം പതിനഞ്ചാമത്തെ വാക്യം യോശുവായി ഇരുപത്തിനാലിന്റെ പതിനഞ്ചിന്റെ അവസാനം ഞാനും ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും യഹോവയെ സേവിക്കുന്നതായ ഒരു കുടുംബം യഹോവ പണിയുന്നതായ വീട് യഹോവയെ സേവിക്കുന്നതായ ഒരു കുടുംബം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യവും കൂടി നമുക്ക് വായിച്ചു കേൾക്കാം പതിനൊന്നിന്റെ ഇരുപത് ഹോവ നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് നിങ്ങളും നിങ്ങളുടെ മക്കളും ഭൂമിക്ക് മീതെ ആകാശമുള്ള കാലത്തോളം ദീർഘായുസോടിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ആ സ്ത്രോത്രം അതിൽ മറ്റൊരു തർജ്ജിമ ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആവർത്തന പുസ്തകം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യം നിങ്ങളും നിങ്ങളുടെ മക്കളും ദൈവം നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് അവരോട് സത്യം ചെയ്ത ദേശത്ത് സ്വർഗം ഭൂമിയിലായ ദിനങ്ങൾ പോലെ ദീർഘായുസോടെ ഇരിക്കേണ്ടതിന് ഒരു കുടുംബത്തെക്കുറിച്ച് പറയുകയാണ് നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്നവരോട് സത്യം ചെയ്ത ദേശത്ത് സ്വർഗം ഭൂമിയിലായ ദിവസങ്ങൾ As the days of heaven upon the earth. Weed in the parainnada, pavanam in the parainnada, phoomile ori koch sorgam. Sorgam phoomile aya daya ori rengam. Sorgadulya aya sandosham, samathanam sneekam. Aishiru manufuikinna daya ori koch sirengam. Ata yittra manohara maana. Unnigil നമ്മുടെ ഓരോരുത്തരുടെയും വീടെ ഒരു കൊച്ചു സ്വർഗമായിരിക്കും അല്ല എങ്കിൽ ഭൂമിയിലെ ഒരു നരകമായിരിക്കും നിങ്ങളിപ്പോൾ ഇതേതാണ് അനുഭവിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ശാന്തമായി ഒന്ന് ചിന്തിച്ചു നോക്കണം സ്വർഗം ഭൂമിയിലായിരിക്കുന്ന ഒരു രംഗമാണോ എന്റെ കൊച്ചു കുടുംബം അതോ അത് നരകതുല്യമാണോ എന്റെ കുടുംബത്തിന്റെ അന്തരീക്ഷം സ്വർഗീയമാണോ സ്നേഹം നിറഞ്ഞതാണോ ലോകത്തിന് തരുന്നതിനോ ലോകത്തിന് എടുത്തുകളയുന്നതിനോ സാധ്യമല്ലാത്ത യേശുക്രിസ്തുതന്ന സമാധാനം അനുഭവിക്കുന്ന രംഗമാണോ അതെയോ വഴക്കിന്റെയും കലഹത്തിന്റെയും അശുദ്ധിയുടെയും കോപത്തിന്റെയും ആക്രോശത്തിന്റെയും പൈശാചിക രംഗമാണോ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം അനയുടെയും ഉള്ളം ഇപ്പോൾ വിതുമ്പൊന്നുണ്ട് സാറേ സ്വർഗം എന്ന ഒരു പദമുപയോഗിക്കണ്ടായിരുന്നു നരകതുല്യമാണ് വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെ വേദനയാണ് ഭർത്താവ് കയറി വരുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും വെപ്രാഠമാണ് ചില കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയം വേദന വിങ്ങുകയാണ് അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി വന്നിട്ടുണ്ടോ അങ്ങനെയുള്ള കുടുംബങ്ങളെ സ്വർഗതുല്യമാക്കി മാറ്റുവാൻ നമ്മുടെ പൊന്നുകർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് ആരാണ് വാസ്തവത്തിൽ ഈ പന്തലിൽ കൂടി വന്നിരിക്കുന്നത് എന്താണ് നമ്മളുടെ ഓരോരുത്തരുടെയും പ്രത്യേകതയെന്താണ് ഞാനിപ്രകാരം ചിന്തിച്ചു ഒരു രാഷ്ട്രീയ നേതാവ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സമുന്നതനായിരിക്കുന്ന ഒരു നേതാവ് ഇന്ന് കോലഞ്ചേരിയിൽ വരുന്നു എന്ന് കേട്ടാൽ അതിന് ചുറ്റും ധാരാളം ആളുകൾ കൂടുമായി ആരായിരിക്കുമത് ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്നവരും ആ പാർട്ടിയുടെ അനുഭാവികളുമായിരിക്കും മറ്റ് അതിനെതിരായിരിക്കുന്ന വേറൊരു പാർട്ടിയുടെ സമുന്നതനായിരിക്കുന്നൊരു നേതാവോ അങ്ങനെ ഒരു പ്രധാന ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ഒരു പദവിയുള്ള വ്യക്തിയാണ് തീർച്ചയായിട്ടും ആ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും അതിന്റേതായ അംഗങ്ങളുമെല്ലാം ഓടിക്കൂടും ഇന്നിവിടെ ആര് വന്നിരിക്കുന്നത് കൊണ്ടാണ് നാം എല്ലാവരും അങ്ങ് ദൂരദേശത്തുനിന്ന് ഉൾപ്പെടെ ഓടിക്കൂടി വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട യോന സാറ് പറഞ്ഞതുപോലെ കേരളത്തിന് വെളിയിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് വെളിയിൽ നിന്നും നാൻ ആ ദേശങ്ങളിൽ നിന്നും എല്ലാം അനേകമനേകം ആളുകൾ ഓടിക്കൂടി വന്നിരിക്കുന്നു ഈ പന്തലിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കൊരു നേതാവേ ഉള്ളൂ അതലൂയ ആ പൊന്നുകർത്താവ് നമ്മുടെ മധ്യത്തിന് വന്നിട്ടുണ്ട് അവനാണ് നമ്മളുടെ അധ്യക്ഷൻ അവനാണ് നമ്മളുടെ പ്രസംഗകൻ അവനാണ് നമ്മളുടെ പ്രസംഗ വിഷയം ദൈവത്തിന്റെ മുഖത്തും ആ പൊന്നുകർത്താവ് ഇപ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ അറിയാത്തവരായിട്ട് ആരും ഇവിടെ വന്നിട്ടില്ല എവിടെയെങ്കിലും അങ്ങ് ഏതെങ്കിലും ഡ്യൂട്ടി ചെയ്തുകൊണ്ട് അങ്ങ് മാറി നിൽക്കുന്നവരെയും നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പൊന്നുകർത്താവ് ആ സ്നേഹമുള്ള കണ്ണുകൊണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കാണുന്നുവെന്ന് മാത്രമല്ല നിങ്ങളേതായിരിക്കുന്ന മുഖം ദർശിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ അന്തരംഗത്തിൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന വേദനയുടെ വിഷയങ്ങൾ എന്താണെന്ന് അറിയുന്ന ഒരു കർത്താവിന്റെ മുൻപിലാണ് നാം ഓരോരുത്തരും വന്നിരിക്കുന്നത് ദൈവത്തിന്റെ അമഹത്വം എന്തോ വലിയൊരു ആശ്വാസമാണ് ഹാലലു നന്ദിയോടെ സ്ത്രോത്രം ഉയർത്തുന്ന ഏറ്റ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ ഓടിക്കൂടുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ നിങ്ങളനുഗ്രഹിക്കപ്പെട്ടവരാണ് നിങ്ങളെന്റെ കർത്താവ് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടുമാണ് ഇരിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് ശബ്ദത്തിലൊന്നും പറഞ്ഞില്ല എങ്കിലും കണ്ണുനീരിൽ കുതിർത്തതായിരിക്കുന്നവർ എങ്ങനടി ആ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ കരുത്തുള്ളവനായ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വചനവുമായി എഴുന്നള്ളി വന്നിട്ടുണ്ട് നിങ്ങളിപ്പോൾ കേൾക്കുന്നത് ചില വാക്കുകളുടെ ശബ്ദമല്ല ൂയ്യ അതിൽ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ തീപിടിപ്പിക്കാനായിട്ട് പോകുകയാണ് അതിൽ ദൈവികമായിരിക്കുന്ന ശക്തിയുണ്ട് അതിൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്തിന്റെ വ്യാപാര ശക്തിയുണ്ട് അലലൂയ നിങ്ങൾ വചനത്തിന് വേണ്ടി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടിയിരിക്കുന്ന ദുഷ്ടാത്മ സേനയെ ആ ദൈവശക്തി അകറ്റിക്കളയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇറച്ചിലേയും ദേവാലയത്തിലേക്ക് അധികാരത്തോടെ കടന്നിയെന്നവൻ ഇന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്തേക്ക് പ്രവേശിച്ച് അതിൽ നിങ്ങൾ അനുവാദം കൊടുത്തിരിക്കുന്നതായ ശത്രുവിനെ ഓടിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ മന്ദിരമാക്കി മാറ്റാൻ ദൈവം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ഒരു ദൈവം വസിക്കുന്ന വീടായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായിട്ട് മാറും അത് കണ്ടുകൊണ്ട് കുഞ്ഞുങ്ങൾ വളരും കുഞ്ഞുങ്ങളും ആ വായു ശ്വസിക്കും കുഞ്ഞുങ്ങളും യേശുവിന്റെ പ്രിയ മക്കളായിട്ട് മാറും ദൈവനാഥം മാത്രം മഹത്ത് പെടുമാറാകട്ടെ ദൈവത്തിന്റെ സ്ത്രോത്രം വേദപുസ്തകത്തിൽ വാസ്തവത്തിൽ ഈ കുടുംബത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ ഒരു കുടുംബം എന്ന് പറയുന്നത് ഉരുത്തിരിഞ്ഞു വന്നത് ദൈവത്തിന്റെ ഹൃദയത്തിലാണ് ഒരു മനുഷ്യ ഹൃദയത്തിൽ അല്ല വന്നത് നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിന്റെ പതിമൂന്നു പതിനെട്ട് മുതലായിരിക്കുന്ന വാക്യങ്ങൾ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായത്തിന്റെ പതിനെട്ട് മുതലായിരിക്കുന്ന വാക്യങ്ങൾ അനന്തരം യഹോവയായ ദൈവം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല ഞാനവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവത്തിന്റെ ആ സ്ത്രോത്രം ദൈവം ഭൂമിയിൽ എന്തെല്ലാം സൃഷ്ടിച്ചു ആദ്യത്തെ അധ്യായങ്ങൾ നിങ്ങൾക്കിത് കാണാം ജീവജാലങ്ങളെല്ലാത്തിനെയും സൃഷ്ടിക്കുന്നുണ്ട് അതിനുശേഷം കർത്താവ് പറയുന്നുണ്ട് അവസാന ഒരു വാക്കു പറയുന്നത് എല്ലാം നല്ലത് എന്ന് എല്ലാം നല്ലത് എന്ന് എന്നാൽ ദൈവം ഒന്നു മാത്രം നല്ലത് കണ്ടില്ല മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടു ഒരു തക്ക തുണയെ ഓർത്തുവെള്ളം തുണയല്ല കൊടുത്തത് ഒരു തക്ക തുണയെ കുടുംബത്തിന്റെ സ്ഥാപനം നടക്കുകയാണ് കുടുംബത്തിന്റെ തുടക്കമാണ് തുടങ്കത്തിന്റെ അതിന് ഉൽപ്പത്തിയാണ് ദൈവമാണ് തുടങ്ങി കൊടുത്തത് ആ കുടുംബത്തിന്റെ രൂപരേഖ അതിന്റെ ബ്ലൂ പ്രിന്റ് വന്നത് മനുഷ്യ അത് ദൈവത്തിന്റെ സ്നേഹമുള്ള ഹൃദയത്തിലാണ് കുടുംബം എന്ന് പറയുന്ന ദൈവീക പദ്ധതിയാണ് ദൈവിക കാര്യപരിപാടിയാണ് ദൈവത്തിന്റെ മഹത്വം ദൈവക്കളെ അതിനെതിരായിട്ട് ഇന്നിപ്പോ പറഞ്ഞല്ലോ റീസാറൊക്കെ അമേരിക്കയിൽ വന്നിട്ടുണ്ട് ഇതിന് നേരെ എതിരായിട്ട് അമേരിക്കയിൽ ഒരു മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ പേര് തന്നെ സിംഗിൾ മൂവ്മെന്റ് എന്നാണ് ഈ സിംഗിൾ മൂവ്മെന്റ് ദൈവത്തിന്റെ കാര്യപരിപാടിക്ക് ഒരു സാധാന്യ ഒരു ആരാധനയാണിത് അതിനകത്ത് പറയുന്നത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ മാൻ ടു ബി എലോൺ നിങ്ങൾ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞാൽ അതിനു നേരെ എതിരായിട്ടാണ് മനുഷ്യന് ഏകനായി എന്നിട്ടവന് വിശുദ്ധിയോടെ ജീവിക്കാനല്ല തോന്നിവാസം ജീവിക്കാനാണ് ദൈവത്തിന്റെ അസ്തോതം ദൈവീകമായ കാര്യപരിപാടിക്കെതിരായി സാധാന്യ ശക്തി കരുത്തോടെ പ്രവർത്തിക്കുന്ന ഈ രംഗത്ത് ദൈവമക്കൾ ഓരോരുത്തരും ഈ ദൈവികമായ പദ്ധതിയോടെ സർവാത്മന ചേർന്ന് സഹകരിച്ച് നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗ്ഗസന്തോഷം അനുഭവിക്കുന്നതാക്കി നിങ്ങൾ മാറ്റണം കുടുംബത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് കാരണം ചില പദപ്രയോഗങ്ങൾ തന്നെ ദൈവവും മനുഷ്യനും തമ്മിലുണ്ടായിരിക്കുന്ന ബന്ധത്തെ വിശദീകരിക്കുന്ന പദപ്രയോഗങ്ങൾ തന്നെ ശിഷ്യന്മാർ കർത്താവിന്റെ അടുക്കൾ വന്ന് പറഞ്ഞു യോഗന്നാൻ സ്നാപകൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും ഒന്ന് പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമെന്ന് അപ്പോൾ കർത്താവായി യേശുപ്രസ് ചൊല്ലിക്കൊടുത്ത പ്രാർത്ഥന ആറാം അധ്യായം അത്തേഴ് സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം അത്തേഴ് സുവിശേഷം ആറാം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് പ്രിയ ശിഷ്യന്മാർക്ക് നമുക്കെല്ലാവർക്കും ചൊല്ലുവാൻ വേണ്ടി ചൊല്ലിത്തുന്ന പ്രാർത്ഥനയുടെ സംബോധനവാക്യം തന്നെ എന്താണ് വൈസ്യൻ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിപ്പീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേയ്യ ലോകത്തിൽ അനേകം മതങ്ങളുണ്ട് മതവിഭാഗങ്ങളുണ്ട് എന്നാൽ സർവശക്തനായ ദൈവത്തെ അണ്ടഘടാകത്തിന്റെ ഉടയവനെ സൃഷ്ടവായിരിക്കുന്ന ദൈവത്തെ അപ്പ എന്ന് വിളിക്കാനുള്ളതായ അവകാശവും പദവിയും ലഭിച്ചിരിക്കുന്ന ഒരേ കൂട്ടം നമ്മൾ മാത്രമാണ് ആരാണ് നമ്മുടെ പിതാവ് ആരെയാണ് നമ്മൾ അപ്പ എന്ന് വിളിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന നിങ്ങൾ വലിയവര് കാണും ചെറിയവർ കാണും ദൈവത്തിന് സാമ്പത്തികമായി ഉച്ചനീചത്വങ്ങൾ ഉള്ളവർ കാണും എല്ലാം ശരിയാണ് പക്ഷെ ദൈവമക്കളെ നാം എല്ലാവരും സമന്മാരാണ് നമ്മളെല്ലാവരും ഒരപ്പന്റെ മക്കളാണ് ഒരു പിതാവിന്റെ മക്കളാണ് നമ്മൾ വിളിക്കുന്നത് ദൈവത്തിനെ അപ്പ എന്നാണ് അത് ഒരു കുടുംബ പദമാണ് അപ്പനും മക്കളും ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം മാത്രമല്ല എഫ് എ സർ കഴിഞ്ഞ ലേഖനം അതിന്റെ അഞ്ചാമധ്യായത്തിന്റെ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങളില് എഫ്എസ് അഞ്ചാമധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഗലാത്തിൽ നാലാമധ്യായം ആറ് ഏഴ് വാക്യങ്ങൾ കൂടി വായിക്കാം പരോപകാരം വിശ്വസ്ഥത സൌമ്യത ഇന്ദ്രിയജയം എഫ്എസ് അഞ്ചിന്റെ ഭാര്യമാരെ കർത്താവിൻ എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കും സഭയും കർത്താവും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിക്കുവാനും വേണ്ടിയും കർത്താവായി യേശു ക്രിസ്തു ഉപയോഗിക്കുന്ന പദം ഭാര്യയും ഭർത്താവുമാണ് കുടുംബത്തിന്റെ പ്രാധാന്യമാണ് കാണുന്നത് കർത്താവായി യേശു തല ശരീരമാവുന്ന സഭ സഭയും കർത്താവും തമ്മിലുള്ള ഉച്ച ബന്ധത്തെ ഒന്ന് വിശദീകരിക്കുവാൻ ഉപയോഗിക്കുന്ന കുടുംബപഥം അത് ഭാര്യയും ഭർത്താവുമാണ് ദൈവത്തിന്റെ ആ സ്തോത്രം ഗാത്രിയ്ക്കെതിരക്കാരെ നാലാം അധ്യായത്തിനും അബ്ബാ പിതാവെ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ് നമുക്ക് തന്നിരിക്കുന്നത് നിങ്ങൾ മക്കൾ ആകെ കൊണ്ട് നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന അബ്ബാ പിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു ദൈവത്തിന്റെ ആ സ്ത്രോത്രം എന്ന് വിളിക്കാനുള്ളതായ ആത്മാവിന്റെ അധികാരമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം തന്നിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തെ അപ്പായം നിന്ന് വിളിക്കണം ഞാൻ നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ജീവിതത്തിൽ ചെറിയ സാക്ഷ്യം പറയുകയുണ്ടായി ജീവിതത്തിൽ വേദന തിങ്ങിയതായ ചില രംഗങ്ങൾ ഉണ്ടായിരുന്നു നാളുകൾക്ക് മുൻപ് ഞാൻ വാസ്തവത്തിൽ എന്റെ അന്നത്തെ പ്രായത്തിൽ എനിക്ക് വഹിക്കാൻ വയ്യാത്ത വണ്ണം ഇടനെഞ്ചു പൊട്ടുമാറു വേദന ഉള്ളത്തിലൊതുക്കിക്കൊണ്ട് കരഞ്ഞ് വിലപിച്ച് നടന്നതായ രംഗം ഞങ്ങളുടെ ഒരു ആത്മീയ പിതാവിന്റെ അടുക്കൽ ഞങ്ങളെല്ലാം ആത്മാവിൽ ജനിപ്പിക്കാൻ വേണ്ടി ദൈവം എടുത്ത് ഉപയോഗിച്ച ആ വാത്സല്യ പിതാവിന്റെ അടുക്കൽ ഞാന് ഒരു രാത്രിയുടെ ഏകാന്തയിൽ കടന്നിരുന്നു രാത്രി ഏകദേശം പതിനൊന്ന് പതിനൊന്നര മണിയായി അന്നത്തെ പ്രയർ ഗ്രൂപ്പ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാന് അവിടെ ചെന്നു എന്നോട് ചോദിച്ചു മോനെ മാത്തുകുട്ടി രാത്രിയിൽ ഈ പാദയാത്രയ്ക്ക് എന്തിനാണ് ഓടി വന്നത് എന്റെ മറുപടി വാക്കുകളായിരുന്നില്ല ഏങ്ങലടിച്ചുള്ള കരച്ചിലായിരുന്നു ഞാൻ പറയാൻ തുടങ്ങും ഞാനങ്ങ് വെതുമ്പി കരഞ്ഞുപോകും രണ്ടു മൂന്ന് പ്രാവശ്യം ആ പിതാവിനോട് ചോദിച്ചു എനിക്ക് ഒരു വാക്കുപോലും ഒന്ന് പറയാനായിട്ട് സാധിച്ചില്ല ചുരുട്ടി വെച്ച പായൊന്ന് വീണ്ടും നിവർത്തിയിട്ടു മോനോടെ ഇരിക്കാൻ പറഞ്ഞു ഒന്നിച്ചേ പ്രാർത്ഥിക്കാനായിട്ടിരുന്നു ഞാന് വേദനയിൽ കുതിർത്തിയ വാക്കുകൾ കൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഒന്ന് വിശദീകരിച്ചു അതിന് വ്യക്തമായൊരു മറുപടി പറഞ്ഞു തരാൻ എനിക്ക് അറിയാൻ വയ്യാന്ന് പിതാവ് പറഞ്ഞു ഇതിനെന്താണ് പരിഹാരമെന്ന് വ്യക്തമായിട്ട് നിർദ്ദേശിക്കാൻ എനിക്ക് സാധ്യമല്ല എനിക്ക് പിറ്റേ ദിവസം കോളേജിൽ പോകണം ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് എന്നെ പിറകോട്ട് വിളിച്ചിട്ട് പറഞ്ഞു മനെ ഒരു കാര്യം എനിക്ക് പറഞ്ഞു തരാനുണ്ട് തന്നെ പ്രാർത്ഥന മുറിയിൽ കയറി മുട്ടുമടക്കി നിന്നുകൊണ്ട് യേശുവിനെ അപ്പ എന്ന് വിളിച്ച് കരഞ്ഞോളാൻ ദൈവത്തിന്റെ മഹത്വം ദൈവമക്കളെ ഞാൻ നിങ്ങളോട് പറയട്ടെ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായി ഈ അപ്പനെനിക്ക് മതിയായവനാണ് ജീവിതത്തിൽ വേദന വരുമ്പോൾ ജീവിതത്തിൽ ദുഃഖവും കണ്ണുനീരും രോഗവും പ്രയാസവും ഞെരുക്കങ്ങൾ വരുമ്പോൾ ആരും അറിയാതെ പ്രാർത്ഥന മുറിയിൽ കയറി ഹാലരൂയാ ദൈവത്തിന്റെ അസോത്രമന്റെ പൊന്നുകർത്താവിനെ ഞാൻ അപ്പ എന്ന് വിളിക്കും ഞാൻ നിങ്ങളോട് പറയട്ടെ കുഞ്ഞുങ്ങളത് കേൾക്കണം എന്റെ യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ് എവിടെയെങ്കിലും പ്രസംഗിച്ച് കേട്ടതായ മാത്രം ഒരു കർത്താവിനെയല്ല ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് വായിച്ച് നോട്ട് എഴുതിയല്ല നിങ്ങളോടേത് പറയുന്നത് എന്റെ അപ്പന്റെ കാൽ പാദം മുത്തിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്തായ പൊന്ന് പിതാവിന്റെ കരം മുത്തിക്കൊണ്ടാണ് ഞാൻ എഴുതി നിൽക്കുന്നത് എന്റെ കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും പേർക്ക് യേശുവിനെ അപ്പ എന്ന് വിളിക്കാമെങ്കിൽ ഹലറൂയ സ്വർഗം നമ്മുടെ മധ്യത്തിലാണ് ദൈവമക്കളെ ആ ഒരു വലിയ പദവി നമുക്ക് തന്നിരിക്കുകയാണ് പുത്രത്വത്തിന്റെ ആത്മാവ് അത് കളഞ്ഞു കുടിച്ചവരാരെങ്കിലും അതിവിടെ വന്നിട്ടുണ്ടോ ദൈവത്തിന്റെ മുഖത്ത് ആ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ മകൻ എന്ന് പറയുന്ന പദവിയെ തകർത്ത് കളഞ്ഞവര് മകൾ എന്ന് പറയുന്ന പദവിയിൽ നിന്ന് ഏറ്റുമതപ്പതിച്ചു വീണുപോയവര് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവകളെ ഇന്ന് നിങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ അപ്പൻ തയ്യാറാണ് എന്നുള്ള സദ്യ നിങ്ങളോട് പറയട്ടെ മുടിയൻ പുത്രനെ പോലെ മടങ്ങി വന്നാൽ മാത്രം മതി അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം ദൈവത്തിന്റെ മഹത്വം വേദപുസ്തകത്തിൽ ദൈവവും വിശ്വാസികളും തമ്മിലുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങൾ പലതും കുടുംബ ാണ് മാത്ര ദൈവത്തിനോകത്തും കർത്താവായി യേശു ക്രിസ്തു തന്റെ പരശ്യ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്ത് അടയാളങ്ങളുടെ ആരംഭമായി അടയാളങ്ങൾ അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ചെവിടെയാണ് അതൊരു ദൈവാലയത്തിലല്ല അതൊരു പ്രാർത്ഥനാലയത്തിലല്ല അത് ഏതെങ്കിലും ഒരു തെരുക്കോണിലല്ല അത് ദൈവമക്കളെ എല്ലാവരും കൂടി ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കൂടിയ സ്ഥലത്തല്ല കർത്താവായി യേശു അടയാളങ്ങളുടെ ആരംഭമായി എന്ത് ചെയ്തു പച്ചവെള്ളത്തെ വീഞ്ഞാക്കി അതെവിടെ വെച്ചാണ് നടന്നത് ഒരു കല്യാണ വീട്ടിലാണ് ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ദൈവക്കളെ ആ വീടിന്റെ നിന്ദ മാറ്റാൻ വേണ്ടിയിട്ട് ആ വീടിൻ്റെതായ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്രകാരം ആലോചിച്ചു അവരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിപ്പോയി ഇത്രമാത്രം ആളുകൾ വരും എന്ന് വിചാരിച്ചുകൊണ്ട് അവർ വീഞ്ഞും ബാക്കി സാധനങ്ങളെല്ലാം ക്രമീകരിച്ചു ശരിയാണ് പക്ഷെ അവരുടെ കണക്കൂട്ടുകൾ തകർന്നുപോയി അവർക്ക് എല്ലാവർക്കും വീഞ്ഞു വിളമ്പാനായിട്ട് സാധിച്ചില്ല കർത്താവ് യേശുക്കുസോടെ ഉണ്ടായിരുന്നു കൊണ്ട് അവരുടെ നിന്ന് മാറി ദൈവത്തിന്റെ മഹത്വം ദൈവകളെ കർത്താവായി യേശു നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്തിനാണ് ഇത് ആരംഭ ദിവസമാണ് രണ്ടായിരത്തി ഒമ്പതിലെ കൺവെൻഷന്റെ തുടക്ക രാത്രിയാണ് കർത്താവായി യേശു അടയാളം ചെയ്യുന്ന ദിവസമായി മാറണം അത് വേറെ ഒരേടത്തും അല്ല എന്റെ വ്യക്തി ജീവിതത്തിലും എന്താണ് അടയാളം എന്റെ പ്രകൃതി മാറണം എന്ത് ഈ പച്ചവെള്ളം മേൽത്തരം വീഞ്ഞായി മാറണം ഹാലലൂയ നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് എന്റെ കർത്താവ് നോക്കുന്നു അവര് കർത്താവായി യേശുക്രിവിന വിവാഹ സദ്യക്ക് ക്ഷണിച്ചിരുന്നു അപ്പോൾ കർത്താവായി യേശുക്രിസ്വിന്റെ സാന്നിധ്യം ശിഷ്യന്മാരോട് കൂടെ അവിടെ ഉണ്ടായിരുന്നു പ്രശ്നം വന്നപ്പോൾ ആ വീട്ടിൽ യേശുണ്ടായിരുന്നു കൊണ്ട് ആ പ്രശ്നത്തിന്റെ പരിഹാരവും വന്നു ദൈവനാമം മാത്രം മകത്തപ്പെടാറാകട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകും യാതൊരു സംശയമില്ല എന്നാൽ ദൈവമക്കളെ എല്ലാം തീർന്നല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ആ സമയം ഇപ്പോൾ ഇതാ കർത്താവായി യേശുക്രി പ്രശ്നത്തിന്റെ പരിഹാരം വരുത്തി കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും സമൃദ്ധിയായിട്ട് വിളമ്പുവാൻ തക്കവണ്ണം അനേക കൽഭരണുകളിൽ ഇതാ വീഞ്ഞു പൊങ്ങിയാണ് ഹലലൂയ നന്ദിയോടെ സ്ത്രോത്രം ഇന്ന് ആ ദൈവമക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ കണക്കൂട്ടലുകൾ തകർന്നു പോയാനായിട്ടാ വന്നിട്ടുണ്ടോ കുടുംബ അന്തരീക്ഷം തകർന്നവരായിട്ടാരെങ്കിലും വന്നിട്ടുണ്ടോ ദൈവത്തിന് മഹത്വം വേറെ കുറുക്കു വഴി മാത്രമേ ആ സ്ഥിതിവിശേഷത്തിൽ നിങ്ങളെ കരകയച്ചുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ അതിന് തുടക്കം കുറിക്കേണ്ടത് നിങ്ങളുടെ പ്രകൃതിയൊന്നും മാറണം എന്റെ ദൈവത്തിന് മഹത്വം കർത്താവിന് സ്ത്രോത്രം നിങ്ങൾ ആഗ്രഹത്തോടെ ഈ ആദ്യ രാത്രിയിലൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവേ നീ കിറവയാൽ ഇവിടെ കടന്നു വന്നിട്ടുണ്ട് നിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട് ഹലൂയ നീ വചനത്തിലൂടെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അന്ന് കാലാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റി ആ വീടിന്റെ നിന്ന മാറ്റി കെഴുതി മാറ്റിയവനായ ദൈവമേ ഇന്ന് നീ പന്തലിൽ നിറഞ്ഞു നിൽക്കുകയാണ് നന്ദിയോടെ സ്തോത്രം എന്റെ കർത്താവേ എന്റെ സ്ഥിതി ദയഹനീയമാണ് എന്റെ സ്ഥിതി ലജ്ജാകരമാണ് എന്റെ സ്ഥിതി ദുർഗന്ധം അമിക്കുന്നതാണ് ഒരു ഗുണവും ണവില്ലെന്ന് മാത്രമല്ല എന്റെ സ്ഥിതി ചീഞ്ഞു നാറിയതാണ് ഹലൂയ കർത്താവിന്റെ പ്രവർത്തിക്കുന്ന കരം പ്രവർത്തിക്കാൻ തുടങ്ങിയാണ് ദൈവമക്കളെ ആഗ്രഹത്തോടെ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവ് ഇവിടെ ഉണ്ട് എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വചനം എന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വരുന്ന രംഗമാണെന്ന് അടിയൻ വിശ്വസിക്കുന്നു ആ വചനമെന്ന് തൊടയണമേ സ്വർഗത്തിലെത്തി കരിക്കട്ടയെ ഒന്ന് തീപിടിപ്പിക്കണമേ ഹലൂയ ദൈവത്തിന് മകത്വം പച്ചവെള്ളം തിളയ്ക്കാൻ പോവുകയാണ് പച്ചവെള്ളത്തിന്റെ രുചി ാണ് പച്ചവെള്ളത്തിന്റെ ഗുണം മാറുകയാണ് ദൈമക്കളെ ആർക്കെല്ലാം ആഗ്രഹമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്കും പോകരുത് യേശു വന്നിട്ടുണ്ട് യേശു പ്രവർത്തിക്കുകയാണ് യേശുവിന്റെ ശക്തി വ്യാപരിക്കുകയാണ് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ ഓ സ്ഥിതി മാറുകയാണ് കർത്താവേ എന്നെ ഒന്ന് ഇന്ന ഭാഗത്തൊന്ന് തൊടണമേ ഇന്ന തെറ്റുപറ്റിയ ഭാഗത്തുനിന്ന് ഭാഗത്തൊന്ന് തുടരണമേ പോര കർത്താവേ എന്റെ പ്രകൃതി മുഴുവൻ അശുദ്ധമാണ് എന്നെ നീ ഒന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിലെ ദൈവം നിന്റെ സ്ഥിതി മാറ്റി നന്ദിയോട്ടെ സ്ത്രോത്രം മാത്രമല്ല കർത്താവ് ഈ പരശുശ്രൂഷമയത്ത് ആദ്യത്തെ അടയാളം പച്ചവെള്ളം മീഞ്ഞായി പിന്നെ ഏറ്റവും അവസാനത്തെ ീഞ്ഞ് രക്തമായി മാറുകയാണ് അതും കർത്താവ് അയ്യേ ശിക്ക് ഒരുക്കുവാൻ കണ്ടതായ അന്തി അത്താഴം ഒരുക്കാൻ കണ്ടതായ സ്ഥലവും ഒരു മാളിക വീടാണ് ഒരു വീടാണ് നിങ്ങൾക്കൊരു കൊതി വരുന്നുണ്ട് കർത്താവേ എന്റെ വീട് എന്റെ വീട് ദൈവത്തിൻ്റെ സ്ത്രോത്രം ഒരു വിരിച്ചൊരുക്കി മാളിക പോലെ എന്റെ കർത്താവിന് ശിഷ്യന്മാർക്കും കടന്നു വരാൻ ഹാലലു ദൈവത്തിൻ്റെ മഹത്വം ഞാൻ വെറുതെ നിങ്ങളോട് പറയുകയല്ല ഒരു ദൈവം ഒരു യാഥാർത്ഥ്യമാണ് ദൈവമുള്ളത് ദൈവം ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഏകദേശം മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഈ കോലഞ്ചിലുള്ളതായ ആ ഭവനം വളരെ ബുദ്ധിമുട്ടിയാണെന്ന് പണിത് വളരെ ബുദ്ധിമുട്ടി പലതരത്തിലുള്ള ഞെരുക്കമുണ്ടായിരുന്ന സമയത്താണത് പണത് അത് പണിതീർന്ന് അതിലേക്ക് താമസം മാറ്റുന്ന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട യോഹനാൻ സാറും ഡോക്ടർ കെ ടി പോലൂസും ഞങ്ങളുടെ ആത്മീയ ഗുരുവായിരിക്കുന്ന പിതാവായിരിക്കുന്ന ആ ശ്രേഷ്ഠദേവദാസനും എല്ലാ മന്ത് രാത്രി ഏകദേശം ഒരു രണ്ട് മണിക്കാണ് ആ വീട് മാറുന്ന ദിവസം ഞാനുൾപ്പെടെ വീട്ടിലേക്ക് വരുന്നത് പ്രാർത്ഥിച്ചു ദൈവം കൃപ ചെയ്തു ശക്തികളെല്ലാം മാറി ഭവനം ദൈവം മുദ്രിട്ട് വേർതിരിച്ച് തന്നു അത് കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ എന്നോട് ചോദിച്ചു എന്തെങ്കിലും പറയാനുണ്ടോ മാതൃക എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ടോ ഊണുമേച്ചടുത്തുള്ളതായ ആ ജല്ലയുടെ കമ്പിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഞാൻ പോയി എഴുന്നേറ്റു എന്റെ പുള്ള നന്ദി കൊണ്ടെന്ന് അറിഞ്ഞു അങ്ങനെ ഒരു വീട് തീർക്കാനുള്ളതായ ഞാൻ എല്ലാവരും എല്ലാവരും എല്ലാ കാര്യത്തിലും സഹകരിച്ചു മനോഹരമായി അത് പൂർത്തീകരിക്കാൻ ദൈവം കൃപ തന്നു എന്തെങ്കിലും പറയാനുണ്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വാക്കുകൾ അധികം ഉണ്ടായിരുന്നില്ല ഞാൻ എഴുന്നേറ്റ് ഇപ്രകാരം ഒരു വാക്കു പറഞ്ഞു കർത്താവി ഈ സ്ഥലം ഇന്ന ആളിൽ നിന്ന് ഞാന് വില കൊടുത്തു എന്റെ പേരിൽ തീറാധാരം എഴുതി വാങ്ങിച്ചു കർത്താവ് ദൈവത്തിന് വലിയ കൃപയാലേ അതിലൊരു വീട് പണിയാൻ സാധിച്ചു ഇപ്പോൾ ആ സ്ഥലവും അതിൽ പണന്നിരിക്കുന്ന വീടും അതിന്റെ യഥാർത്ഥ ഉടമസ്ഥനായിരിക്കുന്ന കർത്താവിന്റെ ആണിപ്പോഴത്തുള്ള കാര്യങ്ങളിലേക്ക് തീർ ആധാരം ഞാൻ കൈമാറുകയാണ് എന്നെ കൊണ്ട് ദൈവം പറയിപ്പിച്ചതായിരിക്കാം അന്ന് എനിക്കറിഞ്ഞുകൂടാ അവിടെ ഒരു ദൈവത്തിന്റെ വധൻ ശ്രൂഷം നടക്കുമെന്നും എനിക്കറിഞ്ഞുകൂടാ അവിടെ ആത്മാവിന്റെ ആരാധനയുടെ സ്തുതി ഉയരുമെന്നും എനിക്കറിഞ്ഞുകൂടാ ഇതുപോലെ എനക്ക് ദൈവമക്കളവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് വന്ന് നിൽക്കുമെന്നും ദൈവത്തിന്റെ സ്തോത്രം യാതൊന്നും അറിഞ്ഞുകൊണ്ടല്ലോ എന്റെ ഒന്നുമില്ലായ്മയിൽ കർത്താവ് അത് തീറാധാരം എഴുതി അതിന്റെ യഥാർത്ഥ ഉടമസ്ഥന്റെ കാര്യങ്ങളിലേക്ക് തരികയാണെന്ന് പറഞ്ഞു എനിക്കൊരർഹതയും പറയാനുള്ള പൊന്നുതപ്പുരത്ത് ഉപയോഗിച്ചു നിങ്ങളുടെ കൊച്ചു വീടാന്ന് വിട്ടുകൊടുക്കാം നിങ്ങളുടെ ഇപ്പൊ നമ്മൾ കേട്ടത് ഒറ്റമുറിയുള്ള ചാണകം വഴിയതാണോ അതൊന്ന് വിട്ടുകൊടുക്കാമോ ഹലലൂയ ദൈവത്തിൻ്റെ സ്തോത്രം അധികം കട്ടിലോ അവിടെ സെറ്റ് ചെയ്യോ വേറെ ഒന്നുമില്ലെങ്കിലും കർത്താവിനോടൊന്ന് പറയാമോ കർത്താവ് ഇതിന്റെ ഉടമസ്ഥ നീയാണ് ഇതാകെ ഒരു മൂന്ന് സെന്റിലുള്ള വീടാണ് കർത്താവ് ഇതൊരു അഞ്ച് സെന്റിലുള്ള അത് മുഴുവൻ ഇപ്പോൾ പണയം വെച്ചിരിക്കുകയാണ് കർത്താവ് എല്ലാവരും ശരിയാണ് ഇതെല്ലാം കേൾക്കുന്ന ആ രണ്ട് ചെവികളുടെ മുമ്പിലാണ് മണ്ണു നിൽക്കുന്നത് ഇത് കാണുന്ന രണ്ട് കണ്ണുകളുടെ മുമ്പിലാണ് നിങ്ങൾ ഓരോരുത്തരും വന്നിരിക്കുന്നത് നിങ്ങളൊരു കുടുംബത്തിൽ നിന്നല്ലേ വന്നിരിക്കുന്നത് നിങ്ങൾ പറയുമായിരിക്കും കർത്താവെ അവിടെ കള്ളിന്റെ ദുർഗന്ധമുണ്ട് അവിടത്തെ വേണ്ടാത്തതായ ചില ശബ്ദ അവിടെ അശുദ്ധിയുടേതായിരിക്കുന്ന ചില വൃത്തികെട്ടതായ അവിടെ സംഭവിച്ചു പോയിട്ടുണ്ട് അനുസരണമില്ലാത്തതായ കുഞ്ഞുങ്ങളുണ്ടോ ഒക്കെ ശരിയാണ് കർത്താവ് അലരുന്ന് നീയോടെ സ്തോതം എന്നാൽ അങ്ങനെയുള്ള ഭവനത്തിലേക്കും എന്റെ കർത്താവ് ിട്ടുണ്ടല്ലോ <clears throat> ഇന്ന് രാത്രി ഈ സമയത്ത് ഞാന് കർത്താവ് എന്നിന്റെ പേരില് എന്റെ വീടെ ഒന്ന് തീരാധാരം എഴുതി കൈമാറിക്കൊള്ളട്ടെ ഹാലലൂയ എന്റെ ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ അങ്ങനെ ഒന്ന് വീട് കൈമാറാൻ മനസ്സുള്ളവരാരെങ്കിലൂടെ വന്നിട്ടുണ്ടോ ഹാലലൂയ ഹാലൂയ യേശുവിന്റെ പേരിലേക്കൊന്ന് എഴുതി കൊടുക്കുവാൻ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യേശുവിന്റെ വാഗ ഹാലൂയ ഹാല ലൂയ പറയുന്നത് യേശു കേട്ടു എനിക്ക് അറിഞ്ഞുകൂടാ ആരുടെയെല്ലാം തീരാധാരത്തിന്റെ ആ മുദ്രപത്രം എന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൈമാറി ഹാലലു നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ഞാൻ മിക്കവാറും പറയുന്നതാണ് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയും ദൈവത്തിന്റെ പ്രിയദാസനും ദൈവമക്കളും വന്ന് ദൈവത്തിന്റെ സ്തോത്രം ഈ കഴിഞ്ഞ ദിവസവും അത് ഇന്നലെ ഇന്നലെ രാത്രിയും അവിടെ സ്തുതിച്ച സമയത്തും ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം കർത്താവ് ഹാലലു നിന്റെ രണ്ടാമത്തെ വരുവരെയും നിനക്ക് നിന്റെ ദൈവത്തിന്റെ പ്രിയ മക്കൾക്കും സ്വാതന്ത്ര്യത്തോടെ കടന്നു വരുവാനും ആരാധിക്കുവാനും ഹാലലൂ ഉപയോഗിക്കുവാനും ഈ വീടിന്റെ വാതിലെന്ന് ായി തുറന്നിട്ടിരിക്കും നന്ദിയോടെ സ്തോത്രം ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുവാൻ ദൈവം കണ്ട നിമിഷമാണ് ദൈവക്കളെ കുടുംബത്തിലേക്ക് കർത്താവായി യേശു കാലൂന്നി കടന്നു വരാനുള്ളതായ സമയമാണ് നിങ്ങൾ യേശുവിനെ ആ കാനാവിലെ കല്യാണത്തിന് ക്ഷണിച്ചതുപോലെ ക്ഷണിച്ചാൽ കർത്താവ് കടന്നു വരും അവൻ നിങ്ങളുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറ്റും ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ കർത്താവിന് സ്തോത്രം മാത്രമല്ല കർത്താവായി യേശു പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ട് കടന്ന കാലത്ത് യേശുവിന് വലിയ ഇഷ്ടമുള്ളൊരു കാര്യമുണ്ടായിരുന്നു യേശുവിന് വലിയൊരു പ്രമോദമായിരുന്നു എന്താണ് വീടുകളിൽ പോവുക അവിടെയുള്ളതായ വേദനകളിൽ പങ്കാളികളാവുക പങ്കാളിയാവുക അവിടെ ഭക്ഷണം കഴിക്കുക ദൈവത്തിന്റെ സ്തോത്രം അവിടെ അന്തി ഉറങ്ങുക ഹാലു എത്ര മനോഹരമാണ് കൃത്യമായി യേശുക്ക് നമ്മുടെ നിലവാരത്തിലേക്ക് ഇറങ്ങി വരിക ദൈവമക്കളെ ഇതൊക്കെ ഒരു സ്വപ്നമായിട്ടല്ല മാറേണ്ടതുണ്ട് കർത്താവായി യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഹീസ് വെരി സെയിം അൺചെയ്ഞ്ചിങ് ജീസസ് നമ്മളുടെ കുടുംബ അന്തരീക്ഷം എപ്പോഴും കർത്താവായി യേശുക്രിസ്തുവിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞതായിരിക്കണം ആ അന്തരീക്ഷത്തിലായിരിക്കണം കുഞ്ഞുങ്ങൾ വളരുന്നത് കർത്താവായി യേശുക്രിസ്തു പരസ്യപക്ഷളുകളിൽ വീടുകളിൽ പോകുന്നത് സന്ദർശിക്കുന്നത് അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് കർത്താവിന് വലിയ ഇഷ്ടമായിരുന്നു നമ്മൾ ആദ്യം ഒന്ന് കണ്ടു കാനാവിലെ കല്യാണത്തിന് കർത്താവായി യേശു ക്രിസ്തു അങ്ങ് കടന്നി എന്നു എന്ത് വലിയ മാറ്റമാണ് വീട്ടിലുണ്ടായത് ഇന്ന് വിവാഹത്തിന് പ്രായമായവരെ വിവാഹം ആലോചിക്കുന്നവരൊക്കെ വന്നിട്ടുണ്ട് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം കർത്താവെ എന്റെ വിവാഹത്തിന് ഞാൻ അനേകരെ ക്ഷണിക്കും പക്ഷെ കർത്താവ് ഉണ്ടായിരിക്കണം കർത്താവിനങ്ങ് വന്ന് കർത്താവ് തന്നെ വന്നങ്ങ് തുടങ്ങി തരണം വീട് അത്ഭുതം നടക്കേണ്ട രംഗമാണ് കർത്താവായി യേശുക്രിസ് അത്ഭുതം ആദ്യം നടന്ന രംഗം അതിന്റെ വീടായി മാറട്ടെ നമുക്ക് വായിക്കാം യോഹനുഷ്ടം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നാമത്തെ വാക്യം യോഹനാൻ പതിനൊന്നിന്റെ മുപ്പത്തിമൂന്നിനും കർത്താവ് മറ്റൊരു വീട്ടിൽ ചെല്ലുന്നുണ്ട് വയസ്സേ അവൾക്കറിയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർക്കറിയുന്നതും യേശു കണ്ടിട്ട് ഉള്ളൊന്ത് കലങ്ങി ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ലേ പശ്ചാത്തലം നിങ്ങൾക്കറിയാം മാർത്തിയും അറിയും ഇല്ലാസറും അപ്പനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു കെടുതി മാത്രമുണ്ടായതായ വീട് എത്രയോ മരണം അനേകരുടെ നിന്ന മാത്രം കേട്ടു വളർന്നതായ മക്കൾ ശഭിക്കപ്പെട്ട ഭവനെന്നാണ് എല്ലാവരും പറയുന്നത് കാരണം അപ്പൻ മരിക്കുന്നു അമ്മ മരിക്കുന്നു വേണ്ട ഇപ്പ ആകെ ഒരു സഹോദരൻ ലാസറുണ്ട് അവനും മരിക്കുന്നു ശാപഗ്രസ്തമായൊരു ഭവനെന്നാണ് പറയുന്നത് ഇപ്പോൾ താങ്ങും തണലുമായിട്ട് ആകെ ഉണ്ടായിരുന്ന ലാസർ മരിച്ചു അവർക്കായ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയുള്ളു കരയാൻ അവരെങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇതാകർത്താവായി യേശുഖിസുമെന്ന നടന്നു വരികയാണ് യേശുഖസു കടന്നു വന്നിട്ട് അവരുടെ കൂടെ ഇരുന്നങ്ങ് കരയുകയാണ് ഹലലു ദൈവത്തിന്റെ സ്ത്രോത്രം കരയുന്നതിനോട് കൂടെ കരയുന്ന ഒരു ദൈവം ഞാന് ദൈവത്തിന്റെ പ്രീദാസം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചില സ്ത്രീകളും മറ്റുള്ള ഇരുന്ന് വിതുമ്പെന്ന് കാഴ്ച ഞാൻ കണ്ടു ഞാൻ ചിലരെ നോട്ട് ചെയ്തു ദൈവത്തിന്റെ സ്ത്രോത്രം അത് കണ്ട ഒരു ദൈവമുണ്ട് അവരുടെ അടുക്കലേക്ക് കണ്ണുനീര് തുടയ്ക്കാൻ യേശു ആണ് ഇപ്പോഴത്തെ കാര്യമായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കണ്ണുനീലൊരിക്കലും ഭർത്താവായി തറയിൽ വീഴാൻ ഇടവരുത് ആ ഭാവിനിയായ സ്ത്രീയെ പോലെ നമുക്ക് കേട്ടല്ലോ അരമനാഥന്റെ കാലക്കല്ലത് വീഴണം യേശു നിങ്ങളുടെ തൊട്ടടുക്കൽ നിൽക്കുകയാണ് നിങ്ങളുടെ വേദനകളിപ്പോൾ കർത്താവിന്റെ സന്നദ്ധിയിൽ കണ്ണുനിൽ കുതിർത്തിയ വാക്കുകളിൽ പറയാം അതിനുവലിയ ശബ്ദമൊന്നും വേണ്ട ഹന്നാഹൃദയം എന്തേ പകർന്നുള്ളൂ അവരുടെ ചുണ്ട് വിറച്ചല്ലേ ഉള്ളൂ മനോദുഖത്തോടെ അവൾ ഏങ്ങലടിച്ചെല്ലേ ഉള്ളൂ അലലൂയ്യ ദൈവത്തിനോ സ്തോത്രം ഇതൊരു വെറും പ്രസംഗമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതായി മക്കളെ വിശേഷു നിങ്ങൾ ഓരോരുത്തരുടെയും മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട് നിങ്ങളേതെല്ലാം വേദന ഇമ്പി കുടിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത് എന്തെല്ലോ ഒന്ന് വിങ്ങി കരഞ്ഞൽ കൊള്ളാവുന്നുണ്ട് എന്റെ അയിൽ അടുത്തിരിക്കുന്നവരറിയുമല്ലോ ഒന്ന് ഏങ്ങലടിച്ചൊന്ന് കരഞ്ഞാൽ കൊള്ളാവുന്നുണ്ട് എന്റെ ചങ്ക് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു വേണ്ട ദൈമക്കളെ അത്രക്കൊന്നും വേണ്ട യേശു നിന്റെ തൊട്ടടുക്കൽ വന്നിട്ടുണ്ട് നിന്റെ ഞരക്കം കാണുന്ന ഒരു ദൈവമുണ്ട് ഹരലൂയ ഹരലൂയ നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം യേശു നിന്റെ അടുക്കിലേക്ക് വന്നിട്ടുണ്ട് ഒരു വാക്കൊന്ന് പറയാമോ യേശു ഇല്ലാത്തതാണ് ഈ കരച്ചിലിന്റെ കാരണം യേശു ഇല്ലാതിരുന്നാണ് ഈ കെടുതിക്ക് കാരണം അവരത് തിരിച്ചറിഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ ഇത് സംഭവിക്കില്ലായിരുന്നു ഹാലലൂയ ദൈവത്തിനുമകത്വം നിങ്ങളുടെ അനേക കുടുംബങ്ങളിൽ തിരുത്താൻ വയ്യാത്ത കെടുതികളൊന്ന് സംഭവിച്ചത് യേശുവിനോടെ ഇടമില്ലാത്തത് കൊണ്ടായിരുന്നു ദൈമക്കളെ ചില മരണങ്ങൾ സംഭവിച്ചത് പുറത്ത് പറയാൻ കൊള്ളില്ലാത്ത ചില വൃത്തികെട്ട രംഗങ്ങളവിടെ നടന്നത് ദൈവത്തിനുമകത്തും ഭാത്താവും ഭാര്യയും തമ്മിൽ തമ്മിത്തലുണ്ടാക്കിയത് മാതപിതക്കന്നാരും മക്കളും തമ്മിൽ കലഹമുണ്ടായത് അമ്മായിമ്മയും മരുമകളും തമ്മിൽ കിരിയും പാമ്പും പോലെ വഴക്കുകൂടി മുന്നോട്ട് പോയത് അതൊക്കെ സംഭവിക്കാൻ കാരണം സമാധാന പ്രഭുവായിരിക്കുന്നു യേശുവോടെ ഇല്ലാതിരുന്നതുകൊണ്ടാണ് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം ഇപ്പോൾ യേശു പയ്യ് വന്നു തുടങ്ങിയിട്ടുണ്ട് ഹാലലുയ മാർത്ത യേശുവിനെ പവനത്തിൽ കൈക്കൊണ്ടു മാർത്ത യേശുവിനെ പവനത്തിൽ കൈക്കൊണ്ടു എന്റെ ദൈവത്തിന്റെ മഹത്വം ജീവിതത്തിൽ കണ്ണുനീര് മാത്രം അവകാശമായി വേദന തിങ്ങി കഴിയുന്നവരായിട്ട് ആരെല്ലാം വന്നിട്ടുണ്ട് യേശു ഇപ്പോൾ വന്ന് തറ്റി നിൽക്കുകയാണ് ദൈമക്കളെ നിങ്ങൾ ആരെങ്കിലും വിളിച്ചാലേ അവൻ വരികയുള്ളൂ എന്റെ ദൈവത്തിന് മഹത്തം കർത്താവിന് സ്തോത്രം നിങ്ങളുടെ ആത്മശരീരം മനസ്സിലുള്ള ചേർന്ന് നിന്ന് വിളിക്കണം ഗുരു വന്ന് നിൽക്കുകയാണ് കേട്ടോ അള അത് ഒരേ അവനെ അതിർത്തിയിൽ തറ്റി നിൽക്കുകയാണ് നിങ്ങൾ ആരെല്ലാം വന്ന് വിളിക്കുന്നുണ്ട് യേശു നിങ്ങൾ ഓരോരുത്തരുടെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട് ദൈവമക്കളെ എന്റെ ദൈവത്തിന് മഹത്തം കർത്താവിന് സ്തോത്രം നീ ഒത്തിരി അധ്വാനിച്ചു െ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം വരുത്താൻ വേണ്ടി നീ എന്തെല്ലാം എന്തെല്ലാം അധ്വാനിച്ചു രാവും പകലും നീ ഉറക്കളച്ച് പണിയെടുത്തു ഹലലൂയ നീ ഏറെ ഏറെ ബാങ്കിൽ നിന്ന് കടം വാങ്ങിയേറി അധ്വാനിച്ചു പല ബിസിനസ്സുകൾ ചെയ്ത് നോക്കി എല്ലാം തകർന്നു പോയില്ലേ ദൈവക്കളെ എന്നാൽ ദൈവത്തിന് മകത്ത് നിന്റെ കെടുതി മാറ്റുവാൻ നിന്റെ പട്ടിണി മാറ്റുവാൻ നിന്റെ ദാരിദ്ര്യം മാറ്റുവാൻ ഹലലൂയ എന്ന നീയോടെ യേശു വന്ന് വാദം നിൽക്കുകയാണ് അവനൊരു വാക്ക് കിട്ടണം നീ ഒന്ന് സ്വീകരിക്കാൻ മനസ്സാണോയ നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം മരണം ജീവനായി മാറാൻ പോകുകയാണ് ആ വിലാപ ഭവനം സന്തോഷ ഭവനമായി മാറാൻ പോകുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് യേശുവിനെ ഒന്ന് സ്വീകരിക്കാമോ എന്റെ കർത്താവേ നീ എന്റെ ഭവനത്തിലേക്ക് ഒന്ന് കടന്നു വരണമേ എൻറെ വീട്ടിൽ യേശു ഇല്ലാത്തത് കൊണ്ടാണ് സകലവിധ ഗെടുതിക്കും കാരണമെന്നുള്ളതായ മാറ്റമില്ലാത്ത യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ഇരുട്ടിനെ അകറ്റുവാൻ കഴിവുള്ളതായ വെളിച്ചത്തെ നിങ്ങൾ ഇപ്പോൾ ഒന്ന് സ്വീകരിക്കുക പിന്നെ കർത്താവ് നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഭവനത്തിൽ ചെന്നു ലൂക്കോസ് പത്തൊൻപതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ ലൂക്കോസ് പത്തൊമ്പതാം അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യം അവനാ സ്ഥലത്ത് എത്തിയപ്പോൾ സക്കായുടെ കാര്യമാണ് പറയുന്നത് അവനാ സ്ഥലത്ത് എത്തിയപ്പോൾ കേറിയിരിക്കുന്ന അത്യവൃഷ്ടത്തിന്റെ ആ കൊമ്പിന്റെ താഴെ എത്തിയപ്പോൾ മേലോട്ട് നോക്കി അവൻ മേലോട്ട് നോക്കി സഖായി ദൈവത്തിന്റെ മഹത്വം ദൈവത്തിന്റെ മഹത്വം ആ സഖായി യേശുവിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു യേശുവിനെ നോക്കിക്കൊണ്ട് അവിടെ പേടിച്ച് ഈ ഇലകൾ കൊണ്ടെല്ലാം മറച്ചവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു കൃത്യം ആ മരത്തിന്റെ താഴെ വന്നപ്പോൾ യേശു നിന്നു യേശു ഒന്ന് കണ്ണുയർത്തി സഖായി വിചാരിച്ച് എന്നെ ഒരിക്കലും കാണാൻ സാധ്യതയില്ല എന്ന് ദൈവത്തിന്റെ സ്തോത്രം എന്നാൽ ഇതാ കർത്താവായി യേശുക്രിസ്തുവിന്റെ സ്നേഹം നിറഞ്ഞ കണ്ണുകൊണ്ട് സഖായിയുടെ നേരെ ഒന്ന് ശരിക്കും നോക്കി അവരുടെ കണ്ണുകൾ തമ്മിലെന്ന് ഇടഞ്ഞു ഹാലലൂയ ദൈവത്തിന്റെ സ്തോത്രം അങ്ങനെ പേടിച്ചിരിക്കുന്ന സമയത്ത് ഇതാ പേർ ജൊല്ലി വിളിക്കുകയാണ് സഖായേ വേഗം ഇറങ്ങുവേഗം ഇറങ്ങുക ഹാലൂയ അടുത്ത വാക്കെന്ന് വായിച്ച അടുത്ത വാക്കം ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു ഞാന് ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു നിങ്ങളെല്ലാവരും അത് കേട്ടോ നിങ്ങൾ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നതെങ്കിൽ യേശു മകളെ നിന്റെ നേരെ നോക്കി പേർ ചൊല്ലി വിളിക്കുകയാണ് സഹോദര അങ് ദൂരദേശത്ത് നിന്ന സഹോദര അങ് അന്യദേശത്ത് നിന്ന സഹോദര ഈ ചാരദേശത്ത് നിന്ന് വന്നായിരിക്കുന്ന യേശു നിന്റെ നേരെ നോക്കി നിന്റെ മുഴുവൻ അറിയാവുന്നതായി യേശു നിന്റെ നേരെ നോക്കി അവന് നിന്റെ പേരെ റിയാം എന്നുള്ളത് കൊണ്ട് അവൻ നിന്നെ പേർ ചെല്ലി വിളിക്കുകയാണ് എനിക്ക് നിങ്ങൾ എല്ലാവരുടെയും പേരറിഞ്ഞുകൂടാ ഹാലലു ദൈവത്തിന് മകത്വം അങ് മറിഞ്ഞു നിൽക്കുന്ന മകനെ കർത്താവ് കാണുന്നുണ്ട് അങ്ങ് ദൂരെ നിൽക്കുന്ന മകളെ കർത്താവ് കാണുന്നുണ്ട് ഹാലലു അങ്ങ് പവനത്തിൽ ആഹാരം പാകം ചെയ്യുന്നുണ്ട് നിൽക്കുന്നവരെ ഹാലലു എന്ന നീയോടെ സഹോദരൻ നിന്നെയും എന്റെ കർത്താവ് കാണുന്നുണ്ട് ഇന്ന് ആശുപത്രിയിൽ യോഗത്തിന് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വരാൻ സാധ്യമല്ലാതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന സഹോദരി സഹോദരന്മാരെ നിന്നെയും എന്റെ കർത്താവ് കാണാൻ ഇപ്പോൾ അങ്ങ് ദൂരദേശത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗൾഫിന്റെ നാടുകളിലും അങ്ങ് കുവൈറ്റിലും നന്ദിയോടെ സഹോദരം അങ്ങ് ന്യൂസിലാന്റിലും ഓസ്ട്രേലിയയിലും ഹാലലൂയി അങ്ങ് സിംഗപ്പൂരിലും എല്ലാം ഇരുന്നു കൊണ്ട് ഈ വചനം കേട്ടുകൊണ്ട് യേശുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ യേശു നിന്നെ പേർജലി വിളിക്കുകയാണ് എന്നിട്ട് ഒരു കൊതി നിന്നോട് ഒരാഗ്രഹം പോലെ ഒരു യാചന പോലെ പറയാനുണ്ട് സക്കായി ഇന്ന് ഞാൻ നിന്റെ വീട്ടിലേക്ക് വന്ന് താമസിച്ചോട്ടെ അതെന്താ കർത്താവേ നീ അങ്ങനെ ചോദിക്കാൻ കാരണം സക്കായി ബെറ്റപ്പെട്ട് ഇറങ്ങി വന്നു നീ അങ്ങനെ ചോദിക്കാൻ എന്താണ് കാരണം സഖായിയെ അതിന് തക്കതായ കാരണമുണ്ട് എനിക്ക് സ്വന്തമായി ഒരു വീടില്ലകട്ടോ അലലൂയ എനിക്ക് തലയായി പോകാനൊരു വീടില്ലകട്ടോ നിനക്കൊരു വലിയ വീടുണ്ട് നിനക്ക് ധാരാളം പണമുണ്ട് നിനക്ക് കുടുംബമുണ്ട് നിനക്ക് നല്ലൊരു പശ്ചാത്തലമുണ്ട് എന്നാൽ ഞാൻ ആരാണെന്ന് അറിയാമോ ഞാൻ കാക്കാശിനി ഗതിയില്ലാത്തവനാണ് ഒന്ന് പെറ്റു വീഴാൻ ഇടമില്ലാത്തവനാണ് നന്ദിയോടെ സ്ത്രോത്രം എനിക്ക് ഒരു സ്വന്തം വീട് ഇല്ലാത്തവനാണ് സഖായിയെ ലോകം നിന്നെ വെറുക്കുന്നുവെങ്കിലും എനിക്ക് നിന്നോട് സ്നേഹമാണ് ാണ് എനിക്ക് നിന്റെ വീട്ടില് ഒന്ന് അന്തി ഉറങ്ങാനായിട്ട് ഞാൻ നിന്റെ വീട്ടിലേക്ക് ഒന്ന് പോന്നോട്ടെ ഹാലലു ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു എന്റെ ദൈവത്തിന്റെ മഹത്വം അവൻ വിറച്ചുപോയി മക്കളെ ആരാണ് യേശു വ്യക്തമായിട്ട് മനസ്സിലായി ഹാലലു നന്ദിയോടെ സ്ത്രോത്രം ഞാൻ വളരെ വിനയത്തോടെ യേശുവിന്റെ ഹൃദയത്തിൽ ഉദിച്ചു വന്നിരിക്കുന്ന ചോദ്യം നിങ്ങളോട് ഓരോരുത്തരോടും പേർജെല് വിളിച്ചോണ്ടെന്ന് ചോദിക്കട്ടെ ഇന്ന് ഓരോ കുടുംബത്തിൽ നിന്ന് വന്ന വ്യക്തികളോട് കർത്താവായ ചോദിക്കുകയാണ് അവിടെ നിന്നുള്ള എല്ലാവരോടും അല്ല ചോദിക്കുന്നത് അവിടെ വന്നതായ ഒരാളോട് അത് നീയാണ് സഹോദരി അത് നീയാണ് ചോദിക്കുകയാണ് ഞാൻ എനിക്ക് വീടില്ല എന്റെ യേശുവിനും വീടില്ല എനിക്ക് തലയായ്പനിടമില്ല എനിക്കൊരു കട്ടിലില്ല എനിക്ക് സ്വന്തമായിട്ടൊരു പാ പോലുമില്ല ഞാൻ നിന്റെ വീട്ടിലൊന്ന് ഒന്ന് ഒന്ന് അന്തി ഉറങ്ങാൻ വന്നോട്ടെ നിന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് വന്ന് താമസിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് ദൈമക്കളെ ഞാൻ നിങ്ങളോട് യേശുവിൻ്റെതായ ആഗ്രഹം ഒന്ന് കെഞ്ചി പേക്ഷയായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ അല്പസമയം ഒന്ന് ചിന്തിച്ചിട്ടൊരു മറുപടി പറയാമോ നിങ്ങൾക്ക് യേശുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ മനസ്സാണോ നിങ്ങൾക്ക് യേശുവിനെ കൊണ്ട് വീട്ടിലേക്ക് പോകാൻ മനസ്സാണോ ചില കാര്യങ്ങൾക്കെല്ലാം നീക്ക് പോക്ക് നീ ഔഹിതമായി സമ്പാദിച്ചതെല്ലാം തിരികെ കൊടുക്കണം ഇനി നീ ഇതുവരെയും ജീവിച്ചു വന്ന മാർഗത്തിലൂടെ പാപ വഴിയിലൂടെ പോകാനായിട്ട് സാധ്യമാകുകയല്ല ഇരുട്ടിന്റെ വഴിയോടെ യാത്ര പറയുവാൻ അശുദ്ധിയുടെ വഴികളോട് ഓ രക്തം ജയം ഹാലരൂയാ എന്റെ ദൈവത്തിനാ മഹ് ർത്താവിന് സ്ത്രോത്രം ദൈമകളെ ഇന്ന് നിങ്ങൾ യേശുവിനെ ഭവനത്തിലേക്ക് കൈക്കൊള്ളുവാൻ തയ്യാറാണോ ഞാൻ നിങ്ങളോട് വളരെ വ്യക്തമായി ചോദിക്കട്ടെ കർത്താവായി യേശു ക്രിസ്തുവിനെ നാഥനായി ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഭവനാന്തരീക്ഷത്തിൽ യേശുവിന് വസിക്കുവാൻ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ചു കൊള്ളാമെന്ന തീരുമാനമെടുക്കാൻ തയ്യാറാണോ എന്ന് നിങ്ങൾ ശാന്തമായി ഇരിക്കുന്ന ഇരിപ്പിൽ ഗൗരവത്തോടെ ഒന്ന് ചിന്തിച്ച് ഇപ്പോഴത്തെ അന്തരീക്ഷം പ്പോൾ വീട്ടിലെല്ലാം കർത്താവിന് വസിക്കാൻ കൊള്ളാവുന്ന ഒരു സാഹചര്യമാണോ നീ വീട്ടിലുള്ള മക്കൾ മറ്റുള്ളതായിരിക്കുന്ന വ്യക്തികൾ തമ്മിലായിരിക്കുന്ന ബന്ധം എങ്ങനെയാണ് ഹാലലൂയ നന്ദിയോടെ സ്തോത്രം അത് ശരിയല്ല ശരിയാക്കാൻ യേശു വരാൻ തയ്യാറാണ് യേശു വരാതെ അത് ആ വീട്ടിൽ അതിനുമുമ്പ് അനേക സീനിയർ സെയിൽ ഓഫീസേഴ്സ് വന്നിട്ടുണ്ട് എന്നാൽ ആ കുടുംബത്തിന്റെ പൈശാചികമായിരിക്കുന്ന രംഗം ഇതുവരെയും ശരിയായിട്ടില്ല ഇതൊരുത്തൻ വരാമെന്ന് പറയുകയാണ് ബാക്കി അനേക ഭവനങ്ങളിൽ യേശു വിളിച്ചിട്ടാണ് പോയത് ഇത് യേശു അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഞാനൊന്ന് വന്നോട്ടെ എന്ന് ഗഞ്ചി ചോദിക്കുക നിങ്ങളെല്ലാവരും ചിന്തിച്ചോ വളരെ ഗൗരവത്തോടെ ചിന്തിച്ചോ ഇപ്പോൾ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ഗൗരവത്തോടെ മനസ്സിൽ ചിന്തിച്ചോ യേശുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ തയ്യാറുള്ളത് ഈ ഒരു സത്യം പറയട്ടെ തീരുമാനമെടുക്കാൻ നിങ്ങൾ അന്തരംഗത്തിൽ മുതിർന്നപ്പോൾ തന്നെ വീട്ടിലെ ചെകുത്താന്മാർ ഇളകിത്തുടങ്ങിയിട്ടുണ്ട് ഹാലലൂയ ഹാലൂയ ഹാലലൂയ നന്ദിയോടെ സ്ത്രോത്രം ഈ തീരുമാനം നിങ്ങളെ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ച വ്യക്തികളെ നിങ്ങളെ സുഖമുള്ള ജീവിതത്തിലേക്ക് നയിക്കാൻ പോകുകയാണ് യേശു വീട്ടിലേക്ക് വന്നാൽ കുടുംബ അന്തരീക്ഷം കുടുംബം ചെറിയ സ്വർഗ്ഗമാകും സർക്കാരുടെ വീട്ടിൽ സമ്പത്തുണ്ടായിരുന്നു പക്ഷേ അവന് സ്വസ്ഥതയുണ്ടായിരുന്നില്ല അവന് ധാരാളം പണമുണ്ടായിരുന്നു വീട്ടിൽ ജീവിക്കാനുള്ളതായിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു വീട്ടിൽ ഒത്തിരി മുറികളുണ്ടായിരുന്നു പക്ഷെ അവന് ഉറക്കമുണ്ടായിരുന്നില്ല ഇന്നൊരാളുടെ കൂടെ പോരുകയാണ് ദൈവത്തിന്റെ മകത്വം ഞാൻ എത്ര പറഞ്ഞിട്ടും എനിക്കത് മതിയാകുന്നില്ല കർത്താവിന് അതിന് പ്രകടമായ ഒരു കിട്ടാൻ ആഗ്രഹമുണ്ട് കർത്താവായി യേശു ക്രിസ്തു നിങ്ങൾ നിന്ന് ദൈവത്തിന്റെ സ്ത്രോത്രം ഒരു പ്രതികരണം ആഗ്രഹിക്കുകയാണ് നിങ്ങൾ നിന്ന് എന്താണ് പ്രതികരണം നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് ഒന്ന് പ്രതികരിക്കാമോ കർത്താവായി യേശു ക്രിസ്തുവിനെയും കൊണ്ട് ഇന്ന് തിരികെ വീട്ടിലേക്ക് പോകാൻ യേശുവെ നിന്നോട് ചേർന്ന് നിന്നെ കരം പിടിച്ച് ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് നിസാരമായി തീരുമാനമൊന്നുമല്ല നിസാരമായി തീരുമാനമൊന്നുമല്ല ദൈവത്തിന്റെ മകത്തും കർത്താവിന്റെ സ്തോത്രം സ്വർഗം നിങ്ങൾക്കുള്ള കൃപതരും ഓരോരുത്തരും ഗൌരവത്തോട് ചിന്തിക്കണം ഈ നനയരുടെ ഭാവത്തിൽ യേശുവില്ല സാത്താൻ നൃത്തം ചവിട്ടുകയാണ് സാത്താന്റെ ഭരണത്തിന് കീഴിലാണ് ഭവനത്തിന്റെ നാഥൻ ചെകുത്താനാണ് യേശുവല്ല ദൈവത്തിന്റെ സ്തോത്രം ദൈവാലയം എന്നാണ് പേരെ പക്ഷെ കള്ളന്മാരുടെ ഗുഹയായിരുന്നു എന്നാൽ യേശു നിന്റെ കൂടെ പോരാൻ തലയായ്പനി ഇടമില്ലാത്തവൻ ദൈവത്തിന്റെ സ്ത്രോത്രം ഒരു കാര്യം വ്യക്തമാണ് ഈ തീരുമാനം ദൈവമക്കൾ യേശുവിനോട് പറയുകയാണ് യേശു നിന്നെ എനിക്ക് വേണ്ട നിനക്ക് വീടിലായെങ്കിൽ ഞാനെന്ത് വേണം നിനക്ക് വീടിലായെങ്കിൽ നീ അങ്ങോട്ടെങ്കിലും പൊക്കൂ നീ എന്റെ വീട്ടിലേക്ക് ഒന്ന് വരണ്ട എനിക്ക് സുഹിച്ചു മുളച്ച് കള്ളും കുടിച്ച് തോന്നിവാസം അശുദ്ധിയിൽ ആറാടി എനിക്കവിടെ ജീവിക്കണം നീ അവിടെ വന്നു കഴിഞ്ഞാൽ എന്റെ വാക്കുകൾ സൂക്ഷിക്കണം അരിതാത്ത വൃത്തികെട്ടൊരു പാപം ചെയ്യാൻ സാധ്യമല്ല അരിദാത്തായ ബ്ലൂഫിലിം ടി വിയിലെ കാണാൻ സാധ്യമല്ല നീ അങ്ങോട്ട് പോകഴിഞ്ഞാൽ എനിക്ക് വലിയൊരു തലവേദനയാണ് അതുകൊണ്ട് നീ എവിടെയെങ്കിലും പൊയ്ക്കൊള്ളുക നിന്നെനിക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാം അതല്ല എങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് പേർ ചെന്ന് വിളിച്ചുകൊണ്ട് യേശുവെ ദൈവത്തിന് യേശു പറയുകയാണ് ഞാൻ നിന്റെ വീട്ടിലൊന്ന് പാർക്കാൻ വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവേ നിന്നെ കൊണ്ട് ഞാനൊന്ന് വീട്ടിലേക്ക് പോകാൻ തയ്യാറാണ് നീ കൂടെ രണമേ എന്ന് തീരുമാനിക്കുന്ന ദൈവങ്ങളൊന്ന് കരമുയർത്താമോ ഹാലൂയ ഹലൂയ ഹലൂ ഹലൂയ Hallelujah, hallelujah, hallelujah, hallelujah, hallelujah. Yeshua, let this thy seed start. Yeshua Jesús runner at them all. Hallelujah. Thank you for that, should the Lord bless you. And you make oppression of Yeshua against this. High progress, we will be anymore to all you. Hallelujah. Yeshua, He will, saying,aid your традиements. Yeshua will fail your hands andぶps. Yeshua will fail yourtruth to your spirit. Yeshua will fail your time. Yeshua will fail your prayers. Yeshua, look for the lógstp. போகியான அங்கினுள்ள கரம் வீசி கொண்டு ஹalleluya പറയാம் ஹalleluya ஹalleluya ஹalleluya இயேசுவின் உள்ளத்தில் 왔ானாலே இயேசுவின் உள்ளத்தில் 왔ானாலே இந்து மார்க்கம் 왔ு ദൈവത്തിന് മാത്രം അത്രയൊരു സുവിശേഷം എട്ടാമധ്യായം ദൈവത്തിന്റെ ആ സ്ത്രോത്രമാണ് അതിന്റെ അഞ്ചു മുതലായിരിക്കും വയ്ക്കുന്നു വായിക്കാണ് അവൻ കഫർമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്ന അവനോട് കർത്താവെ എന്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്ന അവനെ സൌഖ്യമാക്കും എന്ന് പറഞ്ഞു അതിനെ ശതാധിപൻ കർത്താവെ നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്കുമാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യർ സ്ത്രോത്രം എന്താ കാരണം രോഗമാണ് മാറാൻ രോഗമാണ് ആശയ്ക്ക് വകയില്ല പക്ഷേ അതിനേക്കാൾ കൂടുതലും ഒരു വാക്കിനോട് പറയട്ടെ സദാദിവൻ തിരിച്ചറിഞ്ഞ് പറയുന്നൊരു കാര്യമുണ്ട് എന്റെ പൊറിക്കകത്തേക്ക് നീ വരാനോ അത് ഞാൻ ഒരിക്കലും അർഹിക്കുന്ന കാര്യമല്ല നീ ഇവിടെ നിന്ന് ഒരു വാക്കുകേല്പിച്ചാൽ മതി ഞാൻ നിങ്ങളോടൊരു മർമ്മം പറഞ്ഞു തരാം അത് ശതാധിപൻ പറഞ്ഞതാണ് ഒരു വ്യക്തിയുടെ ഭവനത്തിലേക്ക് കർത്താവ് ഏറ്റവും വലിയ യോഗ്യത എന്താണ് നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നുള്ള തിരിച്ചറിവാണ് നീ എന്റെ പുരയ്ക്കകത്ത് വരാൻ എന്റെ പുര യോഗ്യമല്ലെന്നല്ല പറഞ്ഞത് അവിടെ സെറ്റി അവിടെ നല്ല ഇരിപ്പിടങ്ങളൊന്നുമില്ല അവിടെ നല്ല മുറിയൊന്നുമില്ല ഇത്ര കർത്താവ് കടന്നു വരാൻ തക്കോണം എന്റെ വീടിന് വലിപ്പം ഇല്ല എന്നല്ലേ വന്നു നീ എന്റെ പുറയ്ക്കകത്ത് വരാനടുത്തവാക്കെന്താ ഞാൻ യോഗ്യനല്ല ഹാലരു കർത്താവെ നിന്റെ അടുക്കൽ വരാനോ നിന്നെ ക്ഷണിക്കാനോ നിന്നോടുകൂടെ വീട്ടിലേക്ക് പോകാനോ എനിക്ക് യോഗ്യതയില്ല ഇത് അംഗീകരിച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് ക്ഷണിക്കാമോ ഹാലരൂയാ ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ എന്താ കാരണം കർത്താവ് വന്നാല് രോഗം മാറുന്നുള്ളു ആ രോഗം മാറി രോഗം മൂർച്ഛിച്ച് ദൈവത്തിന് ആ സ്തോത്രം ദൈവമക്കളെ മരണം സംഭവിച്ചോ അതിന് കർത്താവ് മതി നിങ്ങളിവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങളുടെ മനസ്സിൽ പൊങ്ങി വരുന്ന രോഗികളില്ലേ വീട്ടിലും ആശുപത്രിയിലാക്കിയിട്ട് വന്നിട്ടുള്ളവരില്ലേ ഹാല ലു ഈ ആത്മശരീര മനസ്സുകളുടെ നല്ല ഇതിനായിരിക്കുന്ന പോർത്താവ് എന്നോട് നമുക്കെല്ലാവർക്കും ഒരു മനസ്സോടെ ഇപ്പോഴെന്ന് പ്രാർത്ഥിക്കാം ഹാലലൂ യാ നന്ദിയോടെ സ്തോത്രം ഈ കൺവെൻഷൻ പന്തലിൽ ഇപ്പോൾ ഇവിടെ ഇരുന്ന് കേൾക്കേണ്ട എത്രയോ പേര് ആശുപത്രിയിലാണ് ഹാർട്ടിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്നവരുണ്ട് കാലിന് സുഖമില്ലാത്തവരുണ്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നവരുണ്ട് കൊച്ചു കുഞ്ഞുങ്ങളുടെ മാരകമായ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുണ്ട് ഹാലലൂയാ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം നമ്മുടെ ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വന്നിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഒരു മനസ്സോടെ ഹാലലൂയാ കർത്താവേ കർത്താവേ നന്ദിയോടെ സ്തോത്രം നീ ഈ രോഗം മാറ്റാൻ കഴിവുള്ളവരാണല്ലോ നിന്റെ അടിപ്പണരാലാണ് സൗഖ്യം ഒഴുകിവരുന്നതെന്ന് ഞങ്ങൾ വാസ്തവമായും അറിയുന്നു ഹാലലുയാ ഹലലുയാ ഹലലൂയ രോഗികൾക്ക് സൗഖ്യം നൽകുന്നവനായ പൊന്നു കർത്താവെ നന്ദിയോടെ നന്ദിയോടെ ഞങ്ങളുടെ മത്യത്തിൽ നീ അടയാളം പ്രവർത്തിക്കണമേ ഞങ്ങളുടെ മത്യത്തിൽ നിന്റെ രക്തത്തിന്റെ വ്യാപാര ശക്തി എന്തെന്ന് തിരിച്ചറിയുവാണ്ടൊക്കെ ഞങ്ങൾക്ക് നന്മക്കായ ഒരു അടയാളം തരയണമേ ഹാലലൂയ ഹലലൂയ രോഗക്കടക്കം മാറ്റി പിരിക്കുന്നവനേ നീ രോഗികളുടെ അടുക്കിലേക്കൊന്ന് കടന്നു ചെല്ലണമേൻ ഹാലൂയാ ഹാലൂയ യേശു എന്ന വൈദ്യനെ ചികിത്സിച്ചു മാറ്റാൻ സാധ്യമല്ലാത്തൊരു രോഗവും ഇല്ല പറിയ മക്കളെ ഹാലലൂയാ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം പ്രാർത്ഥിപ്പിനും അപേക്ഷിപ്പ യോഗ്യതയില്ല എങ്കിലും സർവശക്തനായ ദൈവം ഇപ്പോൾ രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ദൈവീകമായ നിമിഷമാണ് ദൈവമക്കളെ ഹലലൂയ എന്ന നീയോടെ സ്തോത്രം പാപത്തെയും രോഗത്തെയും കാൽ ഉറച്ചു മുന്നൊഴിച്ചവനെ നിന്റെ അടിപ്പണരാൽ സൗഖ്യം തന്നവനെ ഹലലൂയ ഗിലയാതിലെ നല്ല വൈദ്യനെ ഹലലൂയ ഗിലയാതിലെ തൈലമൂട്ടി തന്നവനെ രോഗത്തിന്റെ ദുരാത്മാവിനെ നിന്റെ നാമത്തിന്റെ അത്ഭുതകരമായ ശക്തിയാല് ചെറിഞ്ഞ രക്തത്തിന്റെ ശക്തിയാല് വാഴ്ത്തപ്പെട്ട പൊന്നുകർത്താവ് സൗജീയമായിരിക്കുന്ന ശാന്തിയും സമാധാനവും ആത്മശരീര മനസ്സുകളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകി ഈ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ യേശു ക്രിസ്തു വീടുകളിൽ പോകാൻ ആഗ്രഹിക്കുന്ന അനേകാര്യങ്ങളുണ്ട് ഞാൻ അതിനകത്തേക്ക് അടക്കുന്നില്ല ഇനി നമുക്കൊരു മറ്റൊരു കാര്യം കൂടി കാണുവാനായിട്ടുണ്ട് വേദപുസ്തത്തിൽ മുഴുവൻ നമ്മൾ നോക്കിയാൽ വളരെ വ്യക്തമായി കാണുന്ന മറ്റൊരു കാര്യം ദൈവം ആഗ്രഹിക്കുന്ന കുടുംബമായിട്ടുള്ള ലക്ഷയാണ് ഹൌസ് സാൽവേഷൻ കുടുംബമായിട്ടുള്ള ലക്ഷ എല്ലാ കുടുംബത്തിലുള്ള അപ്പനും അമ്മയും മക്കളും എല്ലാവരും രക്ഷപ്പെടണം ദൈവത്തിന്റെ ആ സ്ത്രോത്രം നിങ്ങൾ ഓരോരുത്തരും വാസ്തവത്തിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ദൈവത്തിന്റെ വലിയ കൃവയാല് ഞാന് ദൈവസന്നിധിയിലെത്തുവാൻ തക്കോണ്ട് ദൈവം എന്നോട് കരുടെ കാണിച്ചു എന്ന് വിചാരിക്കുകയാണ് ഞാന് എന്റെ പ്രാണതുല്യം സ്നേഹിക്കുന്ന എന്റെ ലീലയും എന്റെ മക്കളും അവിടെ ഇല്ല എങ്കിൽ എന്റെ വേദന എന്ത് വലുതായിരിക്കും നിങ്ങൾക്ക് ആ സ്വർഗ്ഗത്തിന്റെ സന്തോഷം അമ്മമാരെ പെറ്റുവളർത്തി മല ഊട്ടി വളർത്തിയതായ കുഞ്ഞുങ്ങളില്ലേ നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോഴത്തെ പോക്ക് പോയി കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലെ ആ വിശുദ്ധിയുടെ രംഗത്തെത്തു അവരും എല്ലായിടത്തും കിടന്നോട്ടെ ഞാൻ സ്വർഗ്ഗത്തിലും ആരുടെ പുഴുതിന്നതും ആ തീരെരിയെന്നും കണ്ടുകൊണ്ട് നിങ്ങൾ അവിടെ കിടക്കാം ദൈവത്തിൻ്റെ ആ സ്ത്രോത്രം നമ്മൾ ഞരങ്ങണം രാവും പകലും കുടുംബത്തിൽ ഒരു വ്യക്തി പോ ഒരു നരകം കാണാൻ വിടാൻ എനിക്കത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല കർത്താവേ എന്നുള്ളതായി ഉള്ളത്തിന്റെ സ്നേഹത്തിന്റെ ഞരക്കം വരണം അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് പുറപ്പാട് പുസ്തകത്തിന് പഴയ നിയമത്തിൽ ഉദാഹരണം പറയും ഞാൻ ഒന്നര പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം അയച്ചു പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഏഴാമത്തെ വാക്യം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയേണ്ടത് എന്നാൽ ആവശ്യം ഈ മാസം പത്താം തീയതി അതത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടിയെ വീതം അതാത് കുടുംബത്തിന് ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം ദൈവത്തിന്റെ ഒരു കുടുംബത്തിന് ഒരാൾകുട്ടി ആട്ടിൻകുട്ടി കാലോറിയിൽ കുഞ്ഞാടിന്റെ കാര്യമാണ് പറയുന്നത് ഒരു കുടുംബത്തിന് ഒരാൺകുട്ടി ആരാട്ടിൻകുട്ടി ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെയും അങ്ങനെ ആ ആട്ടിൻകുട്ടി എടുക്കണം അറുക്കണം കട്ടിലപ്പടിമേലെ രക്തം പൂശണം അപ്പോൾ ആ കുടുംബനാഥിൽ നിന്ന് സംഹാര കടന്നുപോകുന്നല്ല പറഞ്ഞിരിക്കുന്നത് പിന്നെ എവിടെ കടന്നുപോകും ആ കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് ഒരു കുടുംബത്തിനാണ് ആ രക്ഷ ആ രക്ഷ അറുക്കപ്പെട്ട കുഞ്ഞാടിൽ കൂടി മാത്രമാണ് ദൈവത്തിന്റെ മുഖത്വം ദുഷ്ട പൈശാചികൻ അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും വരുന്ന സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് നോക്കി നിങ്ങളുടെ ചെറുതോ വലുതോ വീട്ടിലെ കട്ടിടപ്പടിമേൽ കുഞ്ഞാടിന്റെ വിശുദ്ധ രക്തത്തിന്റെ അടയാളമുണ്ടോ അങ്ങനെ ഉറപ്പുള്ളവർ കൈവക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല എത്ര പേർ കാണും ദൈവത്തിന്റെ മുഖത്തും യേശുക്രി കുന്തത്താൽ തുറക്കപ്പെട്ട തിരുവിലാകുന്ന ഒഴുകിവന്ന ശത്രു കണ്ടാൽ പേടിച്ച് മാറിപ്പോകുന്ന രക്തത്തിന്റെ അടയാളമുള്ളതായിരിക്കണം വീടുകളിൽ പാർക്കുന്ന നെയ്മകളാണ് ക്രിസ്ത്യാനികൾ ഇന്ന് അതൊന്നും വിഷയമല്ല ഇതൊഴിച്ചുവാക്കി സകാല സൌകര്യങ്ങളും ക്രമീകരിക്കാൻ അധ്വാനിക്കുന്ന സഹോദര നിന്റെ വീട്ടിന്റെ പ്രവേശന കവാടമായിരിക്കണം വീട്ടിൽ കുഞ്ഞാടിന്റെ തങ്കച്ചവരുടെ അടയാളമില്ലായെങ്കിൽ നീ കടന്നുപോകുന്ന നരകത്തിന്റെ വടിവാതിൽ കൂടിയായിരിക്കും നിങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിൽ കുഞ്ഞാടിന്റെ തങ്കച്ചോരുടെ വ്യക്തമായ അടയാളമുണ്ടായിരിക്കണം അറുക്കപ്പെട്ട കുഞ്ഞാട് എനിക്ക് വേണ്ടി യാഗമായി തീർന്നു എന്നുള്ളതായിരിക്കുന്ന വ്യക്തിപരമായിരിക്കുന്ന വിശ്വാസമുണ്ടായിരിക്കണം യേശുവിന്റെ രക്തത്തിനെ കുറിച്ച് അടയാളം നിങ്ങളുടെ നെറ്റുമേലുണ്ടായിരിക്കണം ഈ കുഞ്ഞാടിന്റെ അടയാളമില്ലാത്തവനെ ശത്രു സംഹരിച്ചുകളെയും അടയാളമുള്ള ഒരുത്തിനെയും തൊഴുകയില്ല ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി ജൈവങ്ങളെ നമ്മുടെ കൂട്ടായ്മത്തെ തികച്ചും യൂണീക്കാണെന്ന് പറഞ്ഞു ഇവിടെ ചില പോയിന്റുകൾ നിങ്ങൾക്ക് കുറിച്ചെടുക്കാൻ വേണ്ടി പ്രസംഗിക്കട്ട രംഗമല്ല സ്വർഗത്തിൽ നിന്ന് മാലാക്കന്മാരെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ ദൈവത്തിന്റെ പ്രിയദാസൻ കൂടി എനസാർ കൂടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള വ്യക്തമായി വെളിപ്പെടുത്തിയത് മാലക്കമാർ ഉത്തുനോക്കുന്ന ഒരു പന്തലാണോ എന്ന് ലോകമെമ്പാടും പരതി നടന്നതിന് ശേഷം ഇപ്പോൾ വളരെ ഏകാഗ്രതയോടെ ഭയത്തോടെ ഉറ്റുനോക്കുന്ന രംഗമാണ് ഇപ്പോൾ ഈ നിങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ പന്തലും പരിസരവും ഹാലൂയ്യ നന്ദിയുടെ സ്തോത്രം കാരണം ഇവിടെ സംസാരിക്കുന്ന ഏതെങ്കിലും മനുഷ്യന്റെ ശബ്ദമല്ല അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ദിവ്യ ശബ്ദമാണ് ദൈവത്തിന്റെ സ്തോത്രം മാലഘമാര കർത്താവായി യേശുക്രിസ്തുവിന്റെ തിരുവിളാവിൽ നിന്ന് ഒഴികിവരുന്നായ തങ്കച്ചവര പിടിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മത്സ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇന്ന് വ്യക്തിപരമായി ഓരോരുത്തരുടെയും നെറ്റുമേല് ഈ അടയാളം എന്ന് എന്ന് നിങ്ങൾ പ്രാർത്ഥനയോട് ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ വന്നതുപോലെ തിരികെ പോകുമ്പോൾ ഒരടയാളം കാണും വീട്ടിലത്തെ അടികൊണ്ടുള്ള കാട്ടിലെ പടിമേലല്ല എന്റെ തുറക്കപ്പെട്ട അവയവങ്ങൾക്ക് കാവൽക്കാരനായിട്ട് കർത്താവായി യേശുക്രിസ്തു രക്തത്തിന്റെ അടയാളം ഹാലലൂയ ഹാലൂയ എന്റെ ദൈവത്തിന് അമത്വം കർത്താവിന് സ്തോതം മാലകമാര് തന്റെ ശുശ്രൂഷ നിവർത്തിപ്പാൻ വന്നിട്ടുണ്ട് ദൈവം മക്കളെ നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം കർത്താവെ ഹാലലൂയ ദൈവത്തിന്റെ മഹത്വം ഓഹ് കർത്താവായ യേശുക്രിസ്തു ഐശ്വരിക്കുന്ന ആയ ആ ദൂതന്മാര് ആ കാസായിൽ രക്തവും ഏന്തിക്കൊണ്ട് വന്നിരിക്കുന്നുണ്ട് ആർക്കെല്ലാം ആർക്കെല്ലാം ആർക്കെല്ലാം ജീവിതം വിശുദ്ധിക്കുവേണ്ടി കൈമാറാൻ തയ്യാറുണ്ട് അവരുടെ ഞെറ്റിമേല് കർത്താവായി യേശു രക്തത്തിന്റെ കുറിച്ചടയാളം ഇടാൻ അവരും കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാൻ ദൈവം മക്കളെ എന്റെ ദൈവത്തിന്റെ ഹാലലൂയ ഹാലൂയ വെറുതെ പറയുന്ന ഏത് കുട്ടിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ വേറെ യാതോ നിങ്ങളെ യാദവൊന്നും നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാനായിട്ട് സാധ്യമാകില്ല യേശുക്രിസ്തുവിന്റെ രക്തം ദൈവത്തിന് മകത്ത രക്തമെന്ന് പറയുന്ന ഒരു വാക്കിന് ശക്തി കൊണ്ട് ദൈമക്കളെ എന്റെ ദൈവം നന്ദിയോടെ സ്ത്രോത്രം ആ രക്തത്തിന്റെ ശബ്ദത്താല് ആ രക്തത്തിന്റെ വ്യാപാരത്താല് ദുഷ്ടാന് സേനകൾ മാറിപ്പോയിരിക്കാണ് ദൈവമക്കളെ അവൻ ഈ പന്തലിലും പരിസരത്തും യാതൊരു സ്വാധീനവും എന്നാൽ ഒരു കാര്യം നിങ്ങൾ സത്യയോടെ കേട്ടുകൊണ്ടിരിക്കണം ഇന്ന് ഈ രക്തത്തിന് മുദ്രസ്വീകരിക്കും ദൈവമക്കളുടെ ജീവിതത്തിൽ ഇറങ്ങിപ്പോകുന്ന ആയ ആ കരാള ഹസ്ത ആ പൈസാചിക സത്വങ്ങൾ ആ ദുരാത്മ സേനകൾ ആ ഇരുണ്ട മൃഗങ്ങൾ ദൈവത്തിന്റെ സ്ത്രോത്രം അത് സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ഓടിക്കൂടുപെട്ടോ നിങ്ങളെല്ലാവരും കർത്താവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം ഹാലലൂയ ഹാലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ യേശുവേ യേശുവേ നിന്റെ രക്തത്തിന്റെ അടയാളം എനിക്കുന്നു തരണമേ അതിനി മാ ഞാൻ സമ്മതിക്കില്ല കർത്താവെ ആരെല്ലാം കർത്താവിനോട് അപേക്ഷിക്കുന്നുണ്ട് മാലകമാർ നിങ്ങൾ അടുക്കലേക്ക് വന്നിരിക്കുകയാണ് എന്റെ ദൈവത്തിന്റെ മക കർത്താവിന്റെ സ്വതന്ത്രം എനിക്കും എന്റെ വീട്ടിലുള്ളവർക്കും അടയാളം തരണമേ സംഹാരദൂതൻ നിങ്ങളെ വിട്ട് മാറിപ്പോകുന്ന രംഗമാണ് കുടുംബത്തെ വിട്ട് മാറിപ്പോകുന്ന രംഗമാണ് ഇന്ന് കുടുംബങ്ങളിൽ കർത്താവിന്റെ ആത്മാ വ്യക്തമായി ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളോട് പറയുകയാണ് ദൈമക്കളെ ഇന്ന് കുടുംബങ്ങളിൽ ഇന്ന് ദുരാത്മാക്കൾ നൃത്തം ചെയ്യുകയാണ് ഇന്ന് ഭവനങ്ങളിൽ സംഹാരദൂതൻ വസിക്കുന്നുണ്ട് അവനവിടെ കയറിയിറങ്ങി വരണ്ട് നടക്കുകയാണ് ദൈമക്കളെ ഹാലലൂയ ഹാലൂയ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം എന്നാൽ ഇപ്പോൾ സംഹാരദൂതൻ അവിടെ നിന്ന് മാറിപ്പോകുകയാണ് ഇവിടെ നിങ്ങളൊന്ന് തീരുമാനിച്ചാൽ മതി അങ്ങ് നിങ്ങളുടെ വീടങ്ങ് ഹൈറേഞ്ചിലാണെങ്കിൽ നിങ്ങളുടെ വീട് അങ്ങ് മേലാറ്റൂരാണെങ്കിൽ നിങ്ങളുടെ വീട് മലബാറിലാണെങ്കിൽ ഹാലലൂയ നിങ്ങളുടെ വീടങ്ങ് ഏത് ദൂരദേശത്താണെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഇപ്പോൾ ഹാലലൂയ സമാഹാരദൂതൻ കടക്കാതെ നിങ്ങൾ മുദ്രയുടെ രക്തത്തിന്റെ അടയാളം അത് മുദ്രയായിട്ട് സ്വീകരിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കും ദൈവത്തിന് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ദൈവത്തിന് ശക്തി അത്ഭുതകരമായി വ്യാപരിക്കുന്ന സമയമാണ് ചെകുത്താൻ പരാജയപ്പെട്ടവനാണ് ദൈവമക്കളി ദൈവത്തിന്റെ സ്ത്രോത്രം അവൻ ദൈവത്തിന്റെ സ്ത്രോത്രം കാൽവറയിൽ അവന്റെ തലയെ ചതച്ചവനാണ് നമ്മളവനെ പേടിക്കേണ്ടവനല്ല കർത്താവായി യേശക്സ് മാറി ചാരികൊണ്ട് നിങ്ങൾക്ക് നിൽക്കാമോ ദൈവത്തിന്റെ സ്തോത്രം വിശുദ്ധിയെ തികച്ചുകൊണ്ട് രക്തത്തിൻ്റെതായ ആ നാമത്തിൽ നിങ്ങൾ ആശ്രയിച്ച് നിൽക്കാമോ നിങ്ങൾക്ക് ആത്യന്തികമായിരിക്കുന്ന ജയമുണ്ട് നോഹയുടെ പെട്ടകം ഒരാള് വിശ്വസ്തൻ വായിച്ച ദൈവത്തിന്റെ സ്ത്രോത്രം ഏഴാമത്യായത്തിന്റെ ഒന്നാമത്തെ വാക്യവും ഏഴാമത്തെ വാക്യുമായി അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചതെന്തെന്നാൽ നീയും സർവ്വ കുടുംബവുമായി പെട്ടകത്തിൽ കടക്ക ഞാൻ നിന്നെ ഈ തലമുറയിൽ നിന്ന് തലമുറയിൽ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു ദൈവത്തിന്റെ നീ കുടുംബമായി പെട്ടകത്തിൽ കടക്കുകയും കുടുംബമായി പത്രീകാരുടെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ കുടുംബം രക്ഷപ്പെട്ട കാര്യമാണ് ആ ഒരു നീതിമാനുണ്ടായിരുന്നു ആ ഒരു നീതിമാൻ മുഖാന്തരം ആ ഒരു കുടുംബത്തിന്റെ രക്ഷയായി ഒരു കുടുംബത്തിൽ ഞാൻ നിങ്ങളോട് ഒരുപടി ഇങ്ങോട്ട് താണു ചോദിക്കുകയാണ് നിങ്ങളൊരു കുടുംബത്തിൽ തന്നെ പലരും വന്നിട്ടുണ്ട് മറ്റാരിലേക്ക് നിങ്ങൾ നോക്കണ്ട ഭാര്യമാര് ഭർത്താക്കന്മാര് കുടിയന്മാരാണ് മക്കൾ അനുസരണമില്ലാത്തവരാണ് അമ്മായിയ്മയെ കൊണ്ട് ഞാൻ പൊറതുമുട്ടി ദൈവത്തിന്റെ അസൗ ഭർത്താക്കന്മാർ ഭാര്യമാര് പറഞ്ഞ കേൾക്കില്ലാത്തവരാണ് മക്കൾ തോന്നിയവാസം നടക്കുകയാണ് പണത്തിന്റേതായ ഞെരുക്കം കൊണ്ട് ഞാൻ വലയുകയാണ് എനിക്ക് രാത്മീജീവി നയിക്കാൻ പറ്റുന്നില്ല ഒരു പരാതിയും പറയണ്ട ഹാലലൂയ നന്ദിയോട്ടെ സ്തോത്രം ദേവമക്കളിൽ നോഹ ഒരാൾക്ക് വേണ്ടിയിട്ടല്ല ആ പെട്ടകം പണത് നീതിമാനത്തവരുണ്ടായിരുന്നു നോഹൊരാള് ആരൊക്കെ രക്ഷപെട്ടു ആ കുടുംബത്തിലുള്ളവരല്ല ഞാൻ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ ഓരോരുത്തരും വ്യക്തിപരമായി ചോദിക്കട്ടെ നിങ്ങൾക്കൊരാൾക്ക് കുടുംബത്തിന് വേണ്ടി നിൽക്കണം എന്തു പറയുന്നു നിങ്ങൾ എന്നോടല്ല കർത്താവിന്റെ കാലുകൾ മുട്ടുമടക്കോണ്ടൊരു വാക്കു പറയാമോ ഇപ്പോൾ കർത്താവ് എന്തെല്ലാം വന്നാൽ സാഹചര്യങ്ങൾ എന്തെല്ലാം പ്രതികൂലമാണെങ്കിൽ ദൈവത്തിന്റെ സ്ത്രോത്രം എനിക്കൊരു ശരീരത്തിന്റെ കൈയ്യോ കാലാനക്കാമോ ഈ അത്തവണ്ണം രോഗം ബാധിച്ചാലും പട്ടണങ്ങളിൽ നിന്ന് മരിക്കേണ്ടി വന്നാലും എന്റെ വീട് ചെറ്റ് ചെയ്തു പോകുന്ന സ്ഥിതി വിശേഷം വന്നാലും മക്കളാരും ഭാര്യയും എനിക്ക് കഞ്ഞു തന്നില്ല എങ്കിലും ദൈവത്തിന്റെ സ്തോത്രം അമ്മായി അമ്മ എന്നെ നീച സ്ത്രീ എന്ന് വിളിച്ചാലും ഹലൂയ ദൈമക്കളെ നമുക്ക് കെട്ടിപ്പിളിക്കാൻ ഒരു കാൽപാദമുണ്ട് നമുക്ക് വീണ അപ്പ എന്ന് വിളിക്കാൻ ഒരു യേശുണ്ട് ഹലൂയ അവനെനിക്ക് നല്ലവനാണ് ദൈമക്കളെ അവനെനിക്ക് പ്രാണപ്രിയനാണ് ഹലലൂയ അവനെനിക്ക് പൊന്നാണ് ഹലലൂയ ഹലൂയ അവൻ എനിക്ക് കുടുംബസമാധാനം തന്നവനാണ് ഹലൂയ്യ ഹലൂയ നന്ദിയോടെ നന്ദിയോടെ സ്ത്രോത്രം കാലൂറിയിലെ കർത്താവിനെ കാണിച്ചു തന്നെ കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുകയാണ് ഹലലൂയ ഓ എത്ര കുടുംബങ്ങൾ കൂട്ടായ്മ രക്ഷപ്രാപിച്ചു ഹലൂയ കർത്താവേ രണ്ടാമത്തെ വരവരെ കൂട്ടായ്മ കാത്ത് പരിപാലിക്കടനെ എവിടെയെല്ലാം പോയി ഞങ്ങൾക്ക് ഈ കുടുംബസമാധാനത്തിന്റെ ഉറവിടമായിരിക്കുന്ന സമാധാന പ്രഭുവിനെ ഉയർത്താമെല്ലാം ഞങ്ങൾ പോയി കർത്താവ് നന്ദിയോടെ സ്ത്രോത്രം ഞാൻ സാഹചര്യത്തെ കുറ്റം പറഞ്ഞു സഭയെ കുറ്റം പറഞ്ഞു അയൽവാസികളെ കുറ്റം പറഞ്ഞു എൻ്റെതായ സാമ്പത്തികമായിരിക്കുന്ന തകർച്ചയെ കുറ്റം പറഞ്ഞു കർത്താവ് ഇപ്പോൾ ഞാൻ എന്നെ തന്നെ കുറ്റം വിധിക്കുകയാണ് കർത്താവ് ഞാൻ ഒരു കാര്യം സമ്മതിക്കുകയാണ് ഞാൻ ഒരാള് ഞാൻ ഒരാള് കർത്താവായി യേശുക്രി രക്തത്താൽ നീതികരിക്കപ്പെട്ടവനായി നീതിയും വിശുദ്ധിയും ഉള്ളവനായി കുടുംബത്തിൽ ഞാൻ വിശ്വസ്ഥതയോടെ നിന്നുകൊള്ളാം അവന്റെ കാൽപാത നിങ്ങൾക്കൊന്നു ാമോ അവരുടെ തലമേലരുമനാഥനെ ആണ് ഇപ്പോഴത്തെ കരം വെക്കും ആ യേശുവിന്റെ കാൽപാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒരാള് ഹലലുയാ ഹലുയാ ഹലൂയ ഞാൻ ഒരാള് ഹലലുയ ഏത് സാഹചര്യത്തിന്റെ പ്രതികൂല സാഹചര്യത്തിന്റെ മധ്യത്തിലും ഞാൻ ഒരാള് എന്റെ കർത്താവിന്റെ വിശ്വസ്ത ദാസനായി നിന്നുകൊള്ളാമെന്ന വ്യക്തമായ സ്പഷ്ടമായ മരണപര്യന്തമുള്ള തീരുമാനം എടുത്തവരുടെ കരമൊന്നുയർത്തിക്കത് ഈ മക്കളെ ഹാലലു സഭയ്ക്ക് വേണ്ടി നിൽക്കുമെന്നല്ല കക്ഷിക്ക് വേണ്ടി ഓ രക്തം ജയം എന്റെ കർത്താവ് കാണുന്നുണ്ട് കേട്ടോ യേശു ജീവിക്കുന്നു ഹാലലുയാൽ യേശു വന്നിട്ടുണ്ട് ചെലുത്താൻ ഓടി മാറുകയാണ് നെയ് ദുരാത്മാക്കൾ മാറുകയാണ് ഹാലലൂയ അന്ധകാരം ഓടി ഒളിക്കുകയാണ് ഹാലലൂയ കുടുംബത്തിൽ സമാധാന പ്രഭു കടന്നു വരികയാണ് സ്വർഗത്തിന്റെ വാദം നിങ്ങൾക്ക് വേണ്ടി തുറക്കട്ടെ സ്വർഗത്തിന്റെ വാതിൽ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി തുറക്കട്ടെ ദൈവത്തിന്റെ മകത്ത കർത്താവിന്റെ സ്ത്രോത്രം നിങ്ങൾക്കറിയാവുന്ന മറ്റേ പുതിയ നിയമത്തിലൊരു വാക്യം വായിക്കാം ലൂക്കോസ് പത്തൊൻപതിന്റെ ഒൻപത് നമ്മളിപ്പോൾ ചിന്തിച്ചു കാര്യം തന്നെയാണ് ലൂക്കോസ് പത്തൊൻപതിന്റെ ഒൻപത് വയസ്സേനോടെ ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന്റെ രക്ഷ വന്നു ദൈവത്തിന്റെ നീ അബ്രാഹാമിന്റെ മകനാകിയാൽ സഖ്യയെ നീ രക്ഷപ്പെട്ടുല്ല പറഞ്ഞത് നീ രക്ഷപ്പെട്ടു എന്നല്ല പറഞ്ഞു നിന്റെ വീടിന് രക്ഷ പറഞ്ഞു ഒരാള് ഒരാള് നിങ്ങൾ തീരുമാനിച്ച കാര്യമല്ല നിങ്ങൾ തീരുമാനിച്ച സാര അമ്മച്ചുകാരൊക്കെ തീരുമാനിച്ചില്ലേ കൊച്ചു നിങ്ങൾ തീരുമാനിച്ചില്ലേ ഒരാള് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾ മാറിപ്പോകരുത് നിങ്ങൾ ഉറച്ചു നിൽക്കണം ദൈവത്തിന്റെ മഹത്വം കർത്താവിന്റെ സ്തോത്രം സെയിന്റ് അഗസ്റ്റീനിന്റെ അമ്മയുടെ പേര് മോനിക എന്ന സെയിന്റ് അഗസ്റ്റീനിന്റെ അപ്പന്റെ പേര് മോനികയുടെ ഭർത്താവിന്റെ പേര് അങ്ങനെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ അദ്ദേഹം ഒരു വിശ്വാസിയായിരുന്നില്ല മാനസാന്തരപ്പെട്ട വ്യക്തിയായിരുന്നില്ല അപ്പനും മകനും ദൈവം വിശ്വാസമില്ലാതെ നടന്നവരാണ് മകനേറ്റവും മോശമായി വിവാഹത്തിന് മുൻപ് അന്യ സ്ത്രീയിൽ ഒരു കുട്ടിയുണ്ടാകാൻ തക്കോണ്ണം വൃത്തികെട്ടൊരു ജീവിതം നയിച്ചു അതുപോലെ തന്നെയായിരുന്നു ഭർത്താവും പാവം അമ്മ മോനിക്ക ഒരു കൃഷകാത ഒരു ഒരു മെല്ലിച്ചൊരു സ്ത്രീ അതിന്റെ ആഹാരം തന്നെ കണ്ണുനീരായിരുന്നു ആഹാരം ഈ ഭർത്താവിനും മകനും വേണ്ടിയിട്ടതായ കരച്ചിലൊണ്ട് ഒഴുകുവരുന്ന് കണ്ണുനീരായിരുന്നു ദൈവത്തിന്റെ മഹത്വം ഭർത്താവിന്റെ മഹത്വം ദൈവങ്ങളെ ഞാൻ വിശീകരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ആ മകനാരായി സെയിന്റ് അഗസ്റ്റീനായി സെയിന്റ് അഗസ്റ്റീനായി ഭർത്താവ് മരണക്കിടയ്ക്കു മരിക്കുന്നതിന് തൊട്ട് ചില ദിവസങ്ങൾക്കും പോകാൻ സാധ്യതപ്പെട്ടു കള്ളുടിയന്മാരായിരിക്കുന്ന ഭർത്താക്കന്മാര് ദൈവത്തിന്റെ നിരാശപ്പെട്ടത് ഞങ്ങൾ നിരാശപ്പെടരുത് എന്റെ കർത്താവ് എന്റെ കണ്ണുനീര് ഞാൻ ആഹാരമായി കുടിച്ചു തുണിയിട്ട് നാളുകളായി ദൈവത്തിന്റെ സ്ത്രോതം ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കൽ സ്റ്റാൻലി ജോൺസ് വന്നപ്പോൾ അല്ല സെന്റ് അഗസ്റ്റിൻ വന്നപ്പോൾ ശ്രീ അഗസ്റ്റിൻ ആ ഒരു പെണ്ണിന്റെ വീട്ടിലൊക്കെ കയറി രാത്രി രണ്ടു മണി മൂന്നു മണിയായിട്ട് വന്നപ്പോൾ ചട്ടിക്കകത്ത് കഞ്ഞിവെള്ളം ഇങ്ങനെ തുളുമ്പി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തോ ഭക്ഷണം കഴിച്ച അതിനകത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെത്തിക്കിടക്കുക ആദ്യം ആ ചട്ടിയും ആഹാരവും തൊഴിച്ചു കളഞ്ഞു അത് കണ്ട അമ്മയുടെ വയറ്റിലിട്ട് തൊഴിച്ചു ദൈവത്തിന്റെ സ്ത്രോത്രം എന്തിനാണ് ഇത്ര ഇത്ര ഇത്ര വെള്ളത്തിനകത്തൊഴിച്ചു വെച്ച മോനെ നീ ജോലി കഴിഞ്ഞ് അഞ്ചുമണിക്ക് ജോലി കഴിഞ്ഞ് ആറുമണിക്ക് വരണ്ട നാടൻ മണി രണ്ടായില്ല അന്നേരം മുതലാ എന്റെ കരച്ചെല്ലാം എന്നെ തൊഴിക്കല്ലേ മോനെ തൊഴി ഉള്ളവരുടെ ആരോഗ്യം അമ്മയ്ക്കില്ല അത് കണ്ണുനീരാമനെ അവിടെ മുട്ടുകുത്തി മകൻ അമ്മയുടെ ദൈവത്തിൽ എനിക്കും വേണം എത്ര അമ്മമാരുണ്ട മക്കൾക്ക് വേണ്ടി അറിയാൻ എത്ര അപ്പന്മാരുണ്ട മക്കൾക്ക് വേണ്ടി അറിയാൻ അവസാനൻ സെന്റ് ക്രിസ്റ്റിൻ്റെ പുസ്തകത്തിൽ എഴുതി ഭർത്താവിന്റെ മാനസാന്തരം കണ്ടു അമ്മയെക്കുറിച്ച് എഴുതി ഹിം ആസ് എ ലോഡ് തോന്നിവാസം നടക്കുന്ന ഭർത്താവിനെ സാറ അബ്രഹാമിനെ സേവിച്ചതുപോലെ സ്നേഹിച്ചതുപോലെ രജമാനെ പോലെ ഭർത്താവിനെ സ്നേഹിച്ചു ബഹ്വാനിച്ചു ആൻഡ് പ്രീച്ച് ഹിം ബൈ ഹർ ബിഹേവിയർ ഇത്രയും തോന്നിവാസം നടക്കുന്ന മകനെയും ഭർത്താവിനെയും ഒരു വാക്കുപോലും ചീത്ത പറഞ്ഞ് വേദനിപ്പിച്ചിട്ടില്ല ഒരു വാർക്ക് പോലും കോപിച്ചിട്ടില്ല ഒരു നീരസവും ഒരു പരിഭവും ഉണ്ടായിട്ടില്ല കണ്ണുനീര് ദൈവം കണ്ടു ദൈവത്തിന്റെ മകത്തും കർത്താവ് എന്ന സ്ത്രോത്രം സഖായി ഒരാളെ നിൽക്കില്ല വെറുതെ പറയുകയല്ല ഇന്ന് നിങ്ങൾ തീരുമാനിച്ചില്ലേ അത് ദൈവം കണ്ടിട്ടുണ്ട് തീരുമാനം മനുഷ്യന്റെ പക്ഷത്തു നിന്നും അതിൽ ദൈവത്തിന്റെ പക്ഷത്തു നിന്നും നിങ്ങളതിൽ നിന്ന് മാറിപ്പോകരുത് ഞാൻ ഒരാള് യേശുവിനെയും കൊണ്ട് വീട്ടിൽ നിന്ന് കൊള്ളാം കർത്താവി ഹാല ദൈവത്തിന്റെ മകത്തും അപ്പോസ്പോർത്തിയിൽ പതിനാറാമധ്യായം വായിച്ച് പതിനാറാമധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പതിനാറാമധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം എന്താണ് പതിനാറിന്റെ പതിനഞ്ച് അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം അതാരാണ് ദൈവത്തിന്റെ സ്ത്രോത്രം അതിന്റെ പതിമൂന്നാമത്തെ വാക്യം കൊണ്ട് വായിച്ച് ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലമുണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴവക്കത്ത് ഇരുന്നു വായിച്ചു അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു തുയധൈര്യ പട്ടണക്കാരത്തെയും രക്താമ്പരം വിൽക്കുന്നവളുമായി ലുതിയ എന്ന പേരുള്ള ദൈവഭക്തിയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു വായിച്ചു പൗലോ സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ദൈവത്തിന്റെ അസ്തോത്രം ഒരു സ്ത്രീ ഹൃദയം തുറന്നു ആദ്യമായിട്ട് അടുത്തയച്ചു അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം ദൈവത്തിന്റെ അസ്തോത്രം ഞാൻ എഴുതി കൊണ്ടാക്കിയതല്ലോ സ്ത്രീകളൊക്കെ കേട്ടോ ഒരു സ്ത്രീ പൊന്നുകർത്താവിന്റെ വചനം കേട്ട് ഹൃദയം തുറന്നപ്പോൾ അവളും എന്റെ കുടുംബവും വിശ്വാസികളായി മാസിച്ചൂസാ ഹൃദയം തുറന്ന ആരാ ദൈവത്തിന് പൗലൂസ് പ്രസംഗിച്ച് ശ്രദ്ധിക്കേണ്ടതിന് അടുത്ത വാക്കെന്താ കർത്താവ് അവളുടെ ഹൃദയം തുറന്നുണ്ട് ദൈവമേ ഞാനീ പറയുന്നല്ല യേശുദമ്പരാൻ കേട്ടതും യേശുദമ്പരാൻ മുദ്രകുത്തിയതുമാണല്ലോ ദൈവത്തിന്റെ അവസ്ഥ സ്ത്രീകളിലേക്കാണ് കർത്താവ് നോക്കുന്നത് സ്ത്രീകളിലേക്കാണ് കർത്താവ് നോക്കുന്നത് എന്റെ ദൈവത്തിന്റെ അമഹത്തുനിന്ന് കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാത്ത ആരെങ്കിലും ഉണ്ടോ സ്ത്രീകളെ നോക്കി കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാത്ത ഏതെങ്കിലും സ്ത്രീകൾ എന്ന് പുതുതായിട്ട് വന്നിട്ടുണ്ടോ യുവതികളാരെങ്കിലും വന്നിട്ടുണ്ടോ പെൺകുട്ടികളാരെങ്കിലും വന്നിട്ടുണ്ടോ പുരുഷന്മാരെ എന്റെ പൊന്ന് കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കാത്തവരാരെങ്കിലും വന്നിട്ടുണ്ടോ എന്റെ ദൈവത്തിനോ മഹത്വം കർത്താവിനോ സ്തോത്രം ദൈവത്തിനോ സ്തോത്രം ദൈവമക്കളെ എന്റെ ഹൃദയം എന്റെ കർത്താവിന് വേണ്ടി തുറന്നത് മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞ പിന്നെയാണ് ഞാൻ പറയും മുപ്പത്തിയൊന്ന് വർഷം പാഴായി പോലും ഞാൻ അതിനു വേണ്ടിട്ടാണ് ഈ കോരഞ്ചേരി കൊണ്ടുവന്നത് ദൈവത്തിന്റെ അമഹത്വം ഞാൻ ഈ വചനം കേട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രസംഗിച്ച് നടന്നേനെ ഞാൻ നല്ല വിളയായിട്ട് ഞാൻ എല്ലാവരുടെയും തിരുമേനിമാരുടെയും സഭയുടെയും എല്ലാം മുമ്പിൽ നല്ല വിളയായിട്ട് നടന്നേന് അവസാനം നരകത്തിലെത്തിനന്ത് കണ്ട് സാത്താൻ കൈപൊട്ടിച്ചിരിച്ച് എന്റെ ദൈവത്തിന്റെ മഹത്വം കർത്താവിനെ സ്തോത്രം ഈ സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഉപദേഷക്കന്മാരെ എഴുന്നേൽപ്പിക്കണമെന്ന് എന്റെ പിതാവ് ചൊല്ലിയതായിരിക്കുന്ന പ്രാർത്ഥന ഞാൻ നാളുകൾ കേട്ടു ഞാനും മേറ്റു ചൊല്ലി ദൈവകളെ അത് സാധിപ്പിച്ചു തന്നായി രംഗത്തോർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഹാലുയാ നന്ദിയോടെ സ്തോത്രം കർത്താവേ അന്ന് പോലും ശ്രീ പ്രസംഗിച്ചു ആദ്യ ആത്മാവിലാണ് പാവപ്പെട്ട അടിക്കണം ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങൾക്ക് വാചകങ്ങളോ ഞങ്ങൾക്ക് നല്ല ഭാഷ ഹാലലൂയ നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം എന്റെ പൊന്നുകര്ത്ത അവന് മാറി ചാരി കൊണ്ടാണ് ഞങ്ങൾ യേശു ലിവിങ് റിയാലിറ്റിയാണ് ദൈവമക്കളെ കർത്താവിനോ മുഖത്തും ദൈവത്തിനോസ്തോസും ഞങ്ങളുടെ എന്തെല്ലാം ശബ്ദവും നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയില്ല ീ വലിയ പന്തല നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയില്ല ഇത്രയും വലിയ ലൈറ്റും ശബ്ദവും നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുകയില്ല ഹൃദയം തുറക്കാൻ അധികാരമുള്ളവർ വന്നിട്ടുണ്ട് ഹാലലുയാന്ന് സ്തോത്രം പൗലുസ് പ്രസംഗി ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയത്തെ തുറന്നു എന്റെ ദൈവത്തിന് മഹത്വം കർത്താവിന്റെ സ്തോത്രം ഹാലലുയാ ഹലലുയാ ഹലലുയാ ഞാൻ സ്ത്രീകളുടെ നേരെ തിരിഞ്ഞൊണ്ടൊരു വാക്കി ചോദിക്കട്ടെ ദൈവത്തിന്റെ സ്ത്രോത്രം ഇതിനു മുൻപ് തീരുമാനമെടുത്ത സ്ത്രീകളല്ല ഇതിനു മുമ്പ് തീരുമാനം െടുത്ത കർത്താവെ എന്റെ ജീവിതം നിനക്ക് കൈമാറുന്നു ഞാൻ എന്നെ നിന്റെ കാര്യങ്ങളിലേക്ക് തരുന്നു എന്റെ ഹൃദയം നിനക്ക് വേണ്ടി തുറക്കുന്നുവെന്ന് ഒരിക്കൽ പറഞ്ഞ സ്ത്രീകളെ ഉദ്ദേശിച്ചല്ല ഇതുവരെയും അങ്ങനെ പറയാത്തവർ ആ ഒരു തീരുമാനം എടുക്കാത്തവർ പുതിയതായി വന്നവർ അല്ല പല പ്രാവശ്യം യോഗത്തിൽ വന്നിട്ടും വ്യക്തമായി കർത്താവിന് ഹൃദയം തുറക്കാത്തവർ ഒന്ന് ശ്രദ്ധ വെച്ച് എന്റെ നേരെ നോക്കിക്കേട്ടേ നന്ദിയോടെ സ്തോത്രം അന്ന് ആ പുഴക്കരയിൽ കുറെ സ്ത്രീകൾ കൂടി വന്നിരുന്നു പൗലശ്രീ അവരോട് വചനം പറഞ്ഞു അവിടെ കർത്താവായി യേശുക്കുസ്വന്റെ സാന്നിധ്യമുണ്ടായിരുന്നു ദൈവത്തിന്റെ ആ സ്തോത്രം അവിടെ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു അപ്പോൾ ആ സ്ത്രീക്ക് തോന്നി ദൈവത്തിന്റെ സ്തോത്രം ഇപ്പോൾ ീ വന്നിരിക്കുന്ന കർത്താവ് പുറത്ത് നിന്നാൽ പോരാം ആ കർത്താവ് എന്റെ ചങ്കിനകത്ത് വരണം അതറിയാം എന്റെ ഹൃദയത്തിന്റെ സിംഹാസനത്തിൽ അവൻ രാജാവായി വാഴണം എന്റെ ഈ ശരീരം ഇന്നു മുതൽ ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം ദൈവക്കളെ അവളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു അവൾ ദേശത്തെ ഉണർത്താൻ വേണ്ടി ഓടി ദൈവത്തിന്റെ മഹത്വം സ്ത്രീയാണ് കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇന്ന് വന്നിരിക്കുന്ന സ്ത്രീകളിൽ പുതിയതായി വന്നവർ ഇതുവരെ വ്യക്തമായ സമർപ്പണം എടുത്തിട്ടില്ലാത്തവർ വചനം കേട്ടു പള്ളിയിൽ പോയി ആചാരങ്ങളും അതുപോലുള്ള ശുശ്രൂഷകളെല്ലാം സംബന്ധിച്ചു െ തിരികെപ്പോയി എന്നാൽ ഒരിക്കലും യേശുവിന് വേണ്ടി ചങ്ക് തുറന്ന് ആ രക്ഷകനെ ഹൃദയത്തിൽ സ്വീകരിക്കാത്തായ സ്ത്രീകളോട് കർത്താവായി യേശു ഇപ്പോൾ അന്ന് പൗല ശ്രീ പ്രസംഗിച്ചപ്പോൾ അടുത്തു വന്ന ലുതിയായുടെ അടുത്ത് നിന്നതുപോലെ നിന്റെ അടുക്കൽ വന്നോട് ചോദിക്കുകയാണ് ലുതിയായുടെ ഹൃദയം തുറന്നവനായി ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് നന്ദിയോടെ സോത്രം എനിക്ക് വേണ്ടിയൊന്ന് ഹൃദയം തുറക്കാമോ എന്ന് കർത്താവ് ചോദിക്കുകയാണ് ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ ഹാല അങ്ങനെ കുടുംബത്തിന്റെ അനുഗ്രഹമായി മാറാൻ കുടുംബത്തിന് രക്ഷ ഒരുക്കാൻ ഞാനൊരു വ്യക്തി മുഖാന്തരമായി നിന്നുകൊള്ളാം എന്ന് തീരുമാനിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ വാതുക്കൾ തറ്റി നിന്നുകൊണ്ട് ഒരു യാചകനെ പോലെ മുട്ടുന്നതായ കർത്താവായി യേശിനു വേണ്ടി പുതിയതായി വന്നിരിക്കുന്ന സ്ത്രീകൾ ഇപ്പോൾ ഹൃദയം തുറക്കാൻ മനസ്സാണ് എങ്കിൽ ഒന്ന് കരമുയർത്താമോ ഹാലലൂയ ഹാലൂയ ഒട്ടുമടിക്കണ്ട കർത്താവ് കാണുന്നുണ്ട് നന്ദിയോടെ നന്ദിയോടെ സ്വതന്ത്രം ഇനി ആരുണ്ട് ഈ പന്തലിൽ വന്നിരിക്കുന്ന ദൈവമക്കളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഹൃദയം തുറന്നവൻ വ്യക്തമായി നമ്മുടെ മധ്യത്തിലേക്ക് ഉയർത്തുന്നതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുപീൻ പണ്ടേ ഉള്ള കഥകളെ ഉയർന്നിരിപ്പീൻ മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ അങ്ങനെ പുതിയതായി ഹൃദയം തുറക്കുന്ന സ്ത്രീകൾ ആരെല്ലാം ഉണ്ട് നിങ്ങളുടെ കരങ്ങളെ താഴ്ത്തിയിടുക ഈ ചോദ്യം തന്നെ പുരുഷന്മാരോടും ചോദിക്കട്ടെ ഇതുവരെയും കർത്താവിന് ഹൃദയം തുറക്കാത്തവര് പല പ്രാവശ്യം വചനം കെട്ടു അല്ല ഇന്ന് വരുന്നു ഇന്ന് വാസ്തവത്തിൽ കർത്താവ് മധ്യത്തിലുണ്ട് ഹാലലൂയ ഈ രക്ഷകനെ കത്തേക്ക് കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ തയ്യാറുള്ള പുരുഷന്മാര് ഒന്ന് വായിച്ചേ അപ്പോൾ ദിവസം പതിനാറാമത്തെ ആയ അതിന്റെ ഇരുപത്തിമൂന്നാമത്തെ വാക്യവും മുപ്പത് മുപ്പത്തിനാലും വാക്യങ്ങളും ഇരുപത്തിമൂന്നാമത്തെ വാക്യം വായിച്ചേ അവരേ വളരെ അടിപ്പിച്ച ശേഷം തടവിലാക്കി കാലാഗ്രഹ പ്രമാണിയോടെ അവരെ സൂക്ഷ്മത്തോടെ കാപ്പാൻ കൽപ്പിച്ചു അവനിങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാലാമത്തിൽ കാലാഗ്രഹ ശീലാസിനെയും അകത്തെ തടവിലാക്കി അവരെ തടവിൽ കിടന്നുകൊണ്ട് ദൈവത്തെ പാടി പ്രാർത്ഥിച്ച് സ്തുതിച്ചു ദൈവത്തിന്റെ സ്വതന്ത്രം മുപ്പതൊന്നലായിരിക്കുന്ന വാക്യങ്ങൾ അവരെ പുറത്തു കൊണ്ടുവന്നു യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ചു ദൈവത്തിന്റെ സ്തോത്രം എല്ലാം വിളകി വാതിലുകളെല്ലാം തുറന്നും ചങ്ങലകളെല്ലാം പൊട്ടി വീണും ജയിൽപുള്ളികളെല്ലാം സ്വതന്ത്രരായി ദൈവത്തിന്റെ സ്തോത്രം അവിടെ സാധാരണ ഉയരെന്ന് കേൾക്കാറുള്ള ഒരു ചോദ്യമുണ്ട് കാരാഗ്രഹ പ്രമാണിയോട് ജയിൽപുള്ളികൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്കിനി എന്ന് രക്ഷ കിട്ടും ഞങ്ങൾക്കിനിയെന്ന് രക്ഷ കിട്ടും എന്ന് എപ്പോഴും ഈ ജയിൽ പുള്ളികൾ ഈ കാരാഗ്രഹ പ്രമാണിയോട് അതേ ചോദ്യം ഇപ്പോൾ കാര്യക്കര പറ ശീലാസനും ചോദിക്കുകയാണ് യജമാനന്മാരെ രക്ഷപ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം അടുത്ത വാക്കുമായി ചെയ്യാം വിശ്വസിക്കാ എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കും ദൈവത്തിന്റെ അമകത്വം കർത്താവുന്ന സ്ത്രോത്രം നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കാൻ നീ എന്ത് ചെയ്യണം നീ കർത്താവായ യേശുക്രി വിശ്വസിക്കാ നിങ്ങൾ നമ്മൾ സംസാരിച്ച ഒന്നിന്റെ പൊരുൽ ഒരു വ്യക്തിയുടെ ഉത്തരവാദിത്വം എനിക്കതിനോട് ചേർന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുണ്ട് അത് ഇന്ന് ആദ്യത്തെ രാത്രിയിൽ നിങ്ങൾ ഗ്രഹിച്ചാൽ ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾക്ക് തുറന്നുള്ള രാത്രിയിൽ അനുഗ്രഹത്തിന്റെ പേ വലിയ മാരി ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങളുടെ കിട്ടും എന്താണ് ദൈവത്തിന്റെ ഇവനാരാണ് ഇവനാരാണ് കാരാഗ്രഹപുർവാണി ആരാണ് പൗരസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിൽ ഇട്ടവനാണ് അവരെ ഉപദ്രവിച്ചവനാണ് അവരെ വേദനിപ്പിച്ചവനാണ് ദൈവത്തിന്റെ സ്തോത്രം നിർമ്മല സുവിശേഷത്തിന് വേണ്ടി കർത്താവിന് സാക്ഷികളായി ദൈവത്തിന്റെ ആ കർത്താവിന്റെ വേലക്കാരായി വന്നവരെ ജയിലിലടക്കുകയും ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും നിന്നിക്കുകയും ദൂഷിക്കുകയും ചെയ്തതിനായ കാരാഗ്രഹപ്രമാണിയുടെ മാനസാന്തരമാണ് ഹാലലു ആ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ സ്ത്രോത്രം നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ വളരെ വിനയത്തോടെ നിങ്ങളുടെ കാര്യം ചോദിക്കട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നേരിട്ട് നടത്തുന്നതായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെതായ ഈ കൂട്ടായ്മയെ തെറ്റിദ്ധരിച്ചവരെല്ലാം വന്നിട്ടുണ്ട് ദൈവമെടുത്ത് ഉയർച്ച ദൈവദാസനെ നിരൂപണം നടത്തി ദൈവത്തിന്റെ സ്തോത്രം അരുതാത്ത വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരായില്ലാം വന്നിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം ആ സ്നേഹമുള്ള കൃത്യത്തെ വേദനിപ്പിച്ചവരെല്ലാം വന്നിട്ടുണ്ട് ഈ കൂട്ടായ്മയ്ക്കെതിരായി സംസാരിച്ചവരായില്ലാം വന്നിട്ടുണ്ട് ഈ കൂട്ടായ്മയ്ക്കെതിരായി മറ്റുള്ളവരോടോ പരസ്യമായിട്ടോ പ്രസ്താവനകൾ നടത്തിവരും എഴുതിവരും ദൈവത്തെ പ്രസംഗിച്ചവരായ വന്നിട്ടുണ്ട് കാലരൂ നിന്റെ രക്ഷയെ പ്രതീക്ഷിച്ചാണ് ഇന്ന് കർത്താവിലൂടെ വന്നിരിക്കുന്നത് എന്റെ ദൈവത്തിന് മഹത്വം കർത്താവിന് സ്തോത്രം കർത്താവിന് ഞങ്ങൾക്കും നിങ്ങളോട് വിരോധമില്ല എന്തെല്ലാം നിന്ദിച്ചാലും എന്തെല്ലാം എന്തെല്ലാം എതിർത്താലും എന്തെല്ലാം ഇല്ലാത്തതെല്ലാം പറഞ്ഞു കയറ്റിയാലും എന്തെല്ലാം വിടക്ക് എന്നെണ്ണിയാലും ദൈവത്തിന്റെ പ്രിയദാസന് ദൈവത്തിന്റെ സ്തോത്രം ആരോടും പരിഭവമില്ല വേദനയില്ല ദൈവത്തിന്റെ സ്തോത്രം അവർ നാശത്തിലേക്ക് പോവുകയാണല്ലോ എന്നുള്ളതായിരിക്കുന്ന ഉള്ള സ്ഥല മാത്രമേ ഉള്ളൂ ഞങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുകയാണ് എന്നാലും ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുകയും ഏറ്റവും കൂടുതൽ എതിർക്കുകയും ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും തെറ്റായിരിക്കുന്ന കിംബനന്ദികൾ പരസുകയും ചെയ്യുന്നവര് നന്ദിയോടെ സ്തോത്രം ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട് ഹാലരൂയർ ഇന്ന് ഇന്ന് ഇന്ന് ഈ അവസാന സമയം നിങ്ങളുടെ ബന്ധനക്കെട്ടുകളൊന്ന് പൊട്ടണം നിങ്ങൾ സ്വതന്ത്രരാകണം ഹലലൂയ എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിലെ അനുഗ്രഹത്തിന് വലിയ മാരി നിങ്ങളുടെ മെച്ചൂരിയും നിങ്ങൾ ഇന്ന് എങ്ങനെയാണ് പോകുന്നത് ഇന്ന് കർത്താവായ നീ വിശ്വസിക്കുക നീ ഇന്നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും അവൻ തുള്ളിച്ചാടിക്കൊണ്ടാണ് പോയത് അവൻ പത്രോ പോലീസിനോടും ആ ശീലാസിനോടും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാനായിട്ട് തുടങ്ങി എന്റെ ദൈവത്തിന്റെ മഹത്തം കർത്താവിന് സ്തോത്രം ഇപ്പോൾ ബന്ധനക്കെട്ടുകൾ പൊട്ടാൻ പോകുകയാണ് ജയിലറകളിൽ നിന്ന് നിങ്ങൾ അവസാനം സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോവുകയാണ് ദൈവമക്കൾ എല്ലാവരും വലിയ ജാഗ്രതയോടെ ഇരിക്കണം ദൈവദാസനം ബഹുമാനപ്പെട്ട അച്ഛന്മാരും ദൈവമക്കളും എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഹാലലൂയ ഇന്ന ബന്ധനത്തിൽ അനേക വെളിയിൽ ചാടണം ഹാലലൂയ ഹാലൂയ ഹാലൂയ ലക്ഷ്യപ്രാപ്പാ ഞാൻ എന്തു ചെയ്യണമെന്ന് ചോദിക്കണം ഞങ്ങൾക്ക് വേറെ യാതോ ഒന്നും പറയാനില്ല നീ അതിന് ഇന്ന സഭയിലേക്ക് മാറിക്കോ നീ അതിന് സ്നാനം മാറിക്കോ നീ കക്ഷി മാറിക്കോ നീ ഇന്ന കൂട്ടായ്മയിലേക്ക് വന്നൊന്നും ഞങ്ങൾ പറയാനില്ല ഞങ്ങൾക്കാകെ ഒരേ ഒരു കാര്യം മാത്രമേ ഉയർത്തി പറയുവാനായിട്ടുള്ളൂ രക്ഷ പ്രാപിക്കണമോ കർത്താവേശുക്സുവീ വിശ്വസിക്ക നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അങ്ങനെ വിശ്വസിക്കുവാൻ തീരുമാനിക്കുന്ന ദൈവക്കൾ നമുക്ക് അവസാനമായി ഒന്ന് കരമുയർത്തി അലേ ലുയ പറയാ വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗീയ സ്നേഹമേ ഹാലൂയ ബന്ധനക്കെട്ടുകൾ പൊട്ടിക്കുന്നവനെ ഹാലലൂയ കുടുംബത്തിന്റെ രക്ഷ ഒരുക്കി തരുന്നവനെ രോഗികൾക്ക് വൈദ്യനെ ഹാലലൂയ സ്വർഗരാജ്യത്തിന്റെ ഉടയവനെ നീ ഞങ്ങളുടെ മധ്യത്തിൽ ഉള്ളതിനാൽ നിനക്ക് സ്തുതി നിങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു ഹാലൂയ നീ കൂടിയ മക്കളെ കൂട്ടു നിനക്ക് മഹത്വം തുറന്നുള്ള ദിവസങ്ങളിൽ മരുമനാഥൻ ശക്തി കേറി സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മയെ കാക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഏണച്ചാനെ കാത്ത് പരിപാലിച്ച് വേറെ ദീർഘായുസോടെ ഉള്ളം കരങ്ങൾ പരിപാലിച്ചു കൊള്ളണമേ ഹലൂയ്യ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠത നീ ഉള്ളങ്കരങ്ങളിൽ താങ്ങണമേ കാലലൂയ തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും അരുമെന്നാൻ്റെ തിരുസ്ഥാനിത്ത നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും സൗഖ്യവും സമാധാനവും കുടുംബത്തിൽ ഒരു സ്വർഗ്ഗതുല്യമായ അന്തരീക്ഷം നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്നും യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ അപേക്ഷിക്കും കൃപയോടെ കേട്ട് ഉത്തരമല്ല മാറാകണമേ